ദേവകീ ദേവിയുടെയും വസുദേവരുടെയും പുത്രനായി കംസൻ ഭീഷണിപ്പെടുത്തിയ ഒരു അന്തരീക്ഷത്തിൽ കംസനോടുള്ള ഭയം നിറഞ്ഞിരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ കംസന്റെ കാരാഗ്രഹത്തിൽ കൂരാക്കൂരിട്ടുള്ള അർദ്ധരാത്രിയിൽ ഭഗവാൻ പ്രകടമായി എന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നു വ്യാസർ ഭഗവാൻ പ്രകടമായ നിമിഷം തന്നെ എവിടെയും പ്രകാശം വ്യാപിച്ചുവെന്നാണ് അമ്മയ്ക്കൊക്കെ ഒരു ധൈര്യം തോന്നി അച്ഛനും ഒരു വലിയൊരാനന്ദത്തിലേക്ക് അവരൊക്കെ ഉയർന്നു പറയണം ജീവിതത്തിൽ ആനന്ദം എപ്പോഴാണ് അനുഭവിക്കാൻ സാധിക്കുക സമാധാനം സന്തോഷം സംതൃപ്തി എപ്പോ നമ്മുടെ മനസ്സ് ഭഗവത് പ്രേമത്തിലേക്ക് ഉയരുന്നുണ്ടോ ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ടോ അപ്പോഴാണ് ദുഃഖത്തിൻ്റെതായ ഇരുട്ട് അന്ധകാരം നമ്മളിൽ നിന്ന് നീങ്ങുള്ളൂ എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു ഭയം ഉള്ളിടത്തൊക്കെ ദുഃഖമുണ്ട് ദുഃഖമുള്ളിടത്തൊക്കെ ഭയവുമുണ്ട് ഇത് പ്രകൃതിയുടെ നിയമമാണ് ഇപ്പൊ നമുക്ക് ദുഃഖമുണ്ടോ അതൊക്കെ ഒരു ഭയത്തെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ ഭയവും ദുഃഖവും വരുന്നത് അതിനുള്ള കാരണം അന്വേഷിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ അവർക്ക് മനസ്സിലായി ഭയവും ദുഃഖവും ഒക്കെ നിൽക്കുന്നത് രണ്ട് തലങ്ങളിലാണ് ഒന്ന് ആകർഷണത്തിലും ആസക്തിയിലുമാണ് ഈ ഭയവും ദുഃഖവും നിൽക്കുന്നത് ആകർഷണം എന്ന് പറഞ്ഞാൽ കാമം നർത്തം ആസക്തി എന്ന് പറഞ്ഞാൽ അതിനെ എന്റേതാക്കി തീർക്കണം പൊസസീവ്നെസ് എന്ന് പറയതിന് ഇംഗ്ലീഷിൽ അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട് എപ്പോഴും നമുക്ക് ഒന്നിനോട് ആകർഷണം തോന്നുന്നു പലതിനോടും ആകർഷണം തോന്നുന്നു ആ ആകർഷണം തോന്നുന്നൊക്കെ എന്റേതാക്കി തീർക്കണം നമ്മുടേതാക്കി തീർക്കണം എന്നിങ്ങനെ മനസ്സ് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ പലതിനോടും ആകർഷണവും ആസക്തിയും തോന്നുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കുന്നില്ല എവിടെ നിന്നാണ് ഈ ആകർഷണവും എവിടെ നിന്നാണ് ഈ ആസക്തിയൊക്കെ പൊങ്ങിവരുന്നത് കാരണം നമ്മളിലൊക്കെ ഒരു ഈശ്വര ചൈതന്യം ഇല്ലായിരുന്നു ആകർഷണം നമുക്കുണ്ടാവുമായിരുന്നില്ല ഒരു ജഡത്തിന് മറ്റൊരു ജടത്തോട് ഇതുവരെ ആകർഷണം തോന്നിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ മൈക്കിനെ കാണുമ്പോൾ മൈക്കിനോട് ഒരാകർഷണം തോന്നു അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കാണുമ്പോൾ അതിനോടൊരാകർഷണത്വം തോന്നും ആ കമ്പ്യൂട്ടറിന് നമ്മളോട് ആകർഷണത്വം തോന്നുന്നില്ല നമുക്കേ തോന്നുന്നുള്ളൂ ഒരു വസ്ത്രം നമ്മൾ കാണുമ്പോ വസ്ത്രത്തിന് നമ്മളോട് കാണുന്നില്ല തോന്നുന്നില്ല ആകർഷണമൊന്നും നമ്മളെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിലൂടെ പോകുമ്പോൾ അങ്ങനെ ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ നമ്മളോട് കയറി പറയുന്നില്ല നോക്കൂ നിങ്ങളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ നിങ്ങളൊന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഏതെങ്കിലും വസ്ത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്കാണ് അതിനോടൊരു ആകർഷണത്വം ഉള്ളത് എന്നിട്ടാണ് നമ്മൾ പോയി മേടിക്കുന്നത് ഒരു വസ്തു നമ്മളെ ഇങ്ങോട്ട് കയറി ആകർഷിച്ചിട്ടില്ല ഒരു മദ്യപാനിയായിട്ടുള്ള ആളെ ഏതെങ്കിലും മദ്യക്കുപ്പി ആകർഷിക്കുന്നുണ്ടോ പുകവലിക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു സിഗരറ്റോ അല്ലെങ്കിൽ സ്മോക്കിംഗ് സാധനങ്ങളോ ആകർഷിക്കുന്നുണ്ടോ ഇല്ല ആ വസ്തുക്കളൊന്നും നമ്മെ ഇങ്ങോട്ടാകർഷിക്കുന്നില്ല നമ്മൾ അങ്ങോട്ടാകർഷിക്കപ്പെടുന്നു ഇവിടെയാണ് നമ്മളൊക്കെ ജീവിതത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന കൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളും എന്തൊരു ശക്തി ഉള്ളതുകൊണ്ടാണ് എന്തൊരു ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ആകർഷണത്വം തോന്നുന്നത് അതേതാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നാം ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ നമുക്ക് കാണാം നമ്മളിലൊരു കൃഷ്ണനുള്ളതുകൊണ്ടാണ് ആകർഷണത്വങ്ങളൊക്കെ ഉള്ളതെന്ന് കൃഷ്ണൻ എന്നാൽ ആകർഷിക്കുന്നവൻ അർത്ഥം എല്ലാറ്റിനെയും ആകർഷിക്കാൻ അനുഗ്രഹിക്കുന്നവനാരോ അവൻ കൃഷ്ണനാണ് കൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് എല്ലാം ആകർഷിതമായി തീരുന്നത് അതുകൊണ്ട് കൃഷ്ണനില്ലെങ്കിൽ ഒന്നിനും ഒരു ആകർഷണത്വമില്ല പിവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് വസ്തുക്കളിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിക്കാം ഒന്ന് ഈ ലോകത്തിലുള്ള വസ്തുക്കളോടും വ്യക്തികളിലും മനസ്സിനെ വെച്ച് അതിൽ ആകർഷണത്വം വയ്ക്കാം നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഓരോരുത്തരെയും ഓരോരുത്തരാക്കി തീർക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെയും നമുക്ക് ആകർഷിക്കാൻ സാധിക്കും ആകർഷിപ്പിക്കാൻ സാധിക്കും അതിനെയാണ് ഭക്തി എന്നും അതിനെയാണ് പ്രേമെന്നെല്ലാം വിളിക്കുന്നത് ഏതായാലും ആ ഒരു നിമിഷം വസുദേവർ ജയിലിൽ പ്രകടമായ ആ പുത്രനെ നോക്കുമ്പോൾ കാർമേഹ ഇരുന്ന ആ കൃഷ്ണൻ പെട്ടെന്ന് ശംഖചക്രകഥാചാരിയിട്ടങ്ങൾ പ്രകടമായി ഫസ്റ്റ് ഇവർ നോക്കുമ്പോണ്ട് ശംഖചക്ര കഥകൾ കാണുന്നു വനമാല കാണുന്നു പീതാംബരം കാണുന്നു കൗസ്തുഭമണി കാണുന്നു ആശ്ചര്യത്തോടും അത്ഭുതത്തോടും കൂടി ആ രൂപത്തെ ഇങ്ങനെ നോക്കി നിന്നപ്പോ ഭഗവാൻ കാരുണ്യത്താനൊന്ന് പുഞ്ചിരിച്ചു ആ സമയത്ത് വസുദേവര് ഭഗവാനെ നോക്കിക്കൊണ്ട് സ്തുതിക്കുകയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ സ്തുതി കാണാൻ നിങ്ങൾക്ക് വസുദേവര് പറയുന്നു വിധുതോസി ഭവൻ സാക്ഷാൽ പുരുഷ പ്രകൃത കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ഭഗവാനെ അവിടുന്ന് ആനന്ദസ്വരൂപനാണ് ആ ആനന്ദത്തെ അനുഭവിക്കണമെങ്കിലോ അതിനു വേണ്ടത് അങ്ങയെ മനസ്സിലാക്കാനുള്ള ഒരു വിവേക വേണം അങ്ങനെ വിവേക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അങ്ങയെ അറിയാൻ സാധിക്കും അങ്ങ് ഉള്ളതുകൊണ്ടാണ് ഈ മനസ്സും ശരീരമൊക്കെ ചൈതന്യമായിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഭഗവാനെ അപ്പൊ വസുദേവര് കൃഷ്ണനെ ശങ്കചക്രകഥാരൂപത്തിൽ കാണുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കണോ ആ കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് തനിക്കിങ്ങനെ സ്തുതിക്കാൻ പോലും സാധിക്കുന്നത് തന്റെ കണ്ണുകൊണ്ട് നോക്കാൻ സാധിക്കുന്നത് ആ കൃഷ്ണ ചൈതന്യം തന്നിലില്ലായിരുന്നു എങ്കിൽ ഈ ശരീരത്തിലൂടെ ഒരനുഭവങ്ങളും അനുഭവിക്കാൻ എനിക്ക് സാധ്യല്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇത് നല്ലവണ്ണം നമ്മൾ ഉറപ്പിക്കണം നമ്മളൊക്കെ നമ്മളായി തീർന്നിരിക്കുന്നത് ഭഗവത് സാന്നിധ്യം കൊണ്ടാണ് ഭഗവത് ചൈതന്യം കൊണ്ടാണ് എപ്പോൾ ആ ഭഗവത് ചൈതന്യം നമ്മളിലില്ലയെ നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാൻ സാധ്യല്ല എപ്പോ മനസ്സില്ലേ ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധ്യല്ല ഇതാണ് പരമാർത്ഥം പരമാർത്ഥം എന്നത് അതുകൊണ്ട് ആ പരമാർത്ഥമായ സത്യത്തിലേക്ക് നിരന്തരം നമ്മുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ നല്ലവണ്ണം വിവേകം വിവേകം വേണം അതിനെന്ത് വേണം ഭവാൻ ബുദ്ധിമുയൽ ഗുണാഗ്രഹ ൃതൽബിരന്തരം സർവസ്യ സർവാത്മനാത്മവസ്തുനാം ആ വിവേകമുണ്ടാവണമെങ്കിൽ നാം നല്ലവണ്ണം നല്ലവണ്ണം ഇതെല്ലാം മനസ്സിലാക്കി ചിന്തനം ചെയ്യണം വിചാരം ചെയ്യണം അതുകൊണ്ട് ശാസ്ത്രങ്ങളൊക്കെ നമ്മളോട് പറയുക വിചാരം ചെയ്യൂന്ന് പ്രാർത്ഥിക്കുക എന്നത് മനസ്സിന്റെ സ്വഭാവമാണെങ്കിൽ വിചാരം ചെയ്യുക ബുദ്ധിയുടെ സ്വഭാവമാണ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കാൻ ബുദ്ധി വേണ്ട നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് കൃഷ്ണ ഗുരുവായപ്പ കാത്തരക്ഷിക്കിനെ ആയുസ് തരണേ രോഗമുണ്ടാക്കരുത് ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ആയസ് ഉട്ട് കൊടുക്കണേ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ആയസുട്ട് കൊടുക്കണേ ജോലി ഒരിക്കലും സസ്പെൻഷൻ ഉണ്ടാവരുത് എന്നും ജോലി നിലനിൽക്കണേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി പക്ഷേ ഭഗവാനെ അവിടുന്ന് കൂടെയുണ്ട് എന്ന സ്മരണ വിട്ടുപോവാതെ ഉള്ളിലുണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയണമെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കണം അല്ലാതെ പ്രാർത്ഥിക്കാൻ സാധ്യല്ല അപ്പൊ ഭഗവാനെ നമ്മളിൽ നിന്ന് വേറെയായിട്ട് കാണാൻ മനസ്സ് വിചാരിച്ചാൽ സാധിക്കും ഭഗവാൻ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടാൻ വിവേക കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഭാഗവതത്തെ പരമഹംസ സംഹിത എന്ന് വിളിക്കുന്നത് ഓരോ അധ്യായം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഈ പാരമഹംസയായാം ഇത് പരമഹംസ സംഹിതയാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത് പരമഹംസം എന്ന് പറഞ്ഞാൽ ആരാണ് നേരത്തെ ആ ഹംസത്തിന്റെ കഥ ഞാൻ പറഞ്ഞു പാലും വെള്ളവും കൂട്ടിച്ചേർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെയും വെള്ളത്തെയും വേർതിരിച്ച് പാലിനെയും മാത്രം സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഹംസമെന്ന് വിളിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഹംസം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിവേകബുദ്ധിയാണ് കാരണം സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനും സത്യത്തിലേക്ക് മനസ്സിനെ ഉയർത്താനും നമ്മുടെ ഓരോരുത്തരുടെയും വിവേകബുദ്ധി കൊണ്ട് സാധിക്കും എന്നതുകൊണ്ട് ആ വിവേകബുദ്ധിയാണ് ഹംസം എന്ന് വിളിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിവേക ബുദ്ധി തന്നെയാണ് പറയുന്നത് അപ്പൊ അതിനെ പരിശീലിപ്പിച്ചെടുക്കണം നമ്മൾ എന്നാൽ നമുക്ക് ഈ പറയുന്നത് സത്യമാണെന്ന് ബോധ്യം വരും ഇതെല്ലാം പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചപ്പോ ദേവകീ ദേവിക്കും തോന്നി ഭഗവാനെ ഒന്ന് സ്തുതിക്കണമെന്ന് പ്രേമത്തോടുകൂടിയിട്ട് തന്റെ മുന്നിൽ ശങ്കചക്ര കഥാധാരിയിട്ട് നിൽക്കുന്ന ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് ആ അമ്മ സ്തുതിച്ചുകൊണ്ട് പറയുന്നു രൂപം വ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർഗുണം നിർവിഹാരം സത്താ മാത്രം ഒരു വിശേഷം നിരീഹം സത്വം സാക്ഷാ വിഷ്ണുരധ്യാത്മദീപ ഭഗവാനെ അവിടുന്ന് വിഷ്ണുപ്രദീപം പ്രദീപം എന്ന് പറഞ്ഞാൽ പ്രകഷേണ പ്രകാശമുള്ളവനാരോ അവൻ വിഷ്ണു എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ വിഷ്ണു എല്ലാറ്റിനെയും ജ്യോതിസാക്കി തീർക്കുന്നവനാരോ അവൻ വിഷ്ണു ഈ ജ്യോതിസാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചൈതന്യവത്താക്കി അപ്പൊ നമ്മളിലൊക്കെ പരസ്പരം നോക്കുമ്പോൾ നമുക്കൊരാകർഷണമുണ്ട് നമ്മൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു ഈ ആകർഷണം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മൾ സ്വയം നമ്മളോട് ചോദിച്ചു നോക്കൂ ശരീരത്തിൽ നിന്നാണോ ആകർഷണത്വം തുടങ്ങുന്നത് തീർച്ചയായിട്ടും ശരീരത്തിന് ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട് ഇല്ല പറയാൻ പറ്റില്ല ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നോക്കി എന്ന് കണ്ണാ ചിലപ്പോൾ ഷൂൾ അടിച്ചു നിന്ന് വരും കണ്ണ ഒരു ഒരു പണക്കാരൻ പോകുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കിയെന്ന് വരും കാരണം അയാളുടെ ഒരാകർഷണത്വം ഉണ്ട് അയാളുടെ പത്രാസും അയാളുടെ ഗമയും അയാളുടെ പ്രതാപമൊക്കെ കാണുമ്പോൾ ഒരാകർഷണത്വം അതിലേക്കുണ്ടായിരിക്കും ഇങ്ങനെ വസ്തുക്കൾക്കും വ്യക്തികൾക്കും ആകർഷിക്കാൻ സാധിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ ആകർഷണത്വം തുടങ്ങുന്നത് ശരീര തോലിൽ നിന്നാണോ ശരീരമാംസത്തിൽ നിന്നാണോ അയാളുടെ വ്യക്തിത്വത്തിൽ നിന്നാണോ എവിടെ നിന്നാണ് ഒരു ആകർഷണത്വം തുടങ്ങുന്നത് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞ് നമുക്ക് കാണാം ഒരു ചൈതന്യത്തിൽ നിന്നാണ് ആകർഷണത്വം തുടങ്ങുന്നത് അതെങ്ങനെ മനസ്സിലായി ചൈതന്യമില്ലായിരുന്നു എങ്കിൽ നമുക്കൊന്നും ആകർഷിക്കാനുള്ള ശക്തിയില്ല അതെങ്ങനെ മനസ്സിലാവണൂ കാരണം എത്ര സൗന്ദര്യമുള്ള ആളായാലും ശരി ഒരിക്കൽ ചൈതന്യം ശരീരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും സൗന്ദര്യം നോക്കാറില്ല ഉണ്ടോ മരിച്ചുപോയ ശരീരത്തിൽ ആരും സൗന്ദര്യം നോക്കാറില്ല വേഗം ഒരു തുണിയെടുത്തിട്ട് അതിനെ മൂടിയിട്ടേക്കും പിന്നെ അതൊരു ശവമാണ് ശരിയല്ലേ ഒരു പക്ഷേ മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഞാനും നിങ്ങളും ടി കൂടെ കണ്ടുവന്ന് വരും മിസ് ശവത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ വെച്ചാലോ ആരെങ്കിലും അത് നോക്കി ആരും പോയി നോക്കാറില്ലേ ശവത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും അത് ആകർഷിക്കില്ല എന്ന് മാത്രമല്ല അത് ഭയം ജനിപ്പിക്കുന്നു നോക്കൂ ഒരു വശത്ത് കാമുണ്ടായി ഒരു വശത്ത് ഭയമുണ്ടാക്കുന്നു പറയാണ് ഇത് രണ്ടും ആരംഭിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചൈതന്യത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഭഗവാനെ അധ്യാത്മദീപം അവിടുന്നായിരിക്കുന്ന ഇത് മനസ്സിലാക്കാതെ ആളുകൾ എന്ത് ചെയ്യുന്നു മൃത്യോ മൃത്യുവ്യാലീതപ്പലായ സർവാലോകാൽ നിർഭയാതികച്ച് തൊൽപ്പാതാബ്ജം പ്രാപ്തിയത്യാദ്യ സ്വസ്ഥേ മൃത്യുരസ്മാതവൈതി മൃത്യോ മൃത്യുവ്യാള ഭീത പലായൻ മൃത്യുവിനെ ഭയന്ന് മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാശത്തെ ഭയന്ന് നമ്മളെയൊക്കെ ജനിക്കുമ്പോഴേ എഴുതി വിട്ടിട്ടുണ്ടൊരു കാര്യം ഒരു ദിവസം പൂവിട്ടോന്നു അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട അയ്യോ ഞാൻ പൂവല്ലോ പൂവല്ലോ പൂവല്ലോ പൂവല്ലോ എന്നുള്ളത് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പോകാൻ എനിക്ക് മോഹമില്ല പക്ഷേ കാലം പറയുന്നു നീ ഒരിക്കൽ പോവുട്ടോ എന്ന് അങ്ങനെ ഈ കാര്യം നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്നു നമ്മളറിയാതെ ഒരു ഭയം നമ്മുടെ പിന്നാലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഭയത്തെക്കുറിച്ച് നമുക്ക് നാളെ വ്യക്തമായിട്ട് കാണാം എവിടെ നിന്നാണ് ഭയം ആരംഭിക്കുന്നതെന്നൊക്കെ പതിനൊന്നാം സ്കന്ധത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഭയമാണ് എന്ന് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ ഏതായാലും ഈ ഭയത്തെ തിരിച്ചറിയാൻ പറ്റാതെ ഞാനും നിങ്ങളും പലായൻ ഓടുന്നു എന്തിനൊക്കെയാണ് ഓടുന്നത് നമ്മൾ പറ വിചാരിക്കുന്നു കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയം ഒരു സുരക്ഷിതത്വം വേണം ആരെങ്കിലും കൂടെ വേണം ഇനി അതല്ലെങ്കിൽ ഒരു പട്ടി വേണം അല്ലെങ്കിൽ ആരെങ്കിലും വേണം കൂടെ അല്ലെങ്കിൽ എനിക്ക് പേടിയെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയെ പറ്റില്ല എന്ന് പേടിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എറണാകുളത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ ആളെ കാണില്ലേ അല്പം അത്രയും കുഴപ്പം പിടിച്ച സ്ഥലമായിരിക്കട്ടോ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്കൊക്കെ പേടി വരണോ ഒന്നുകിൽ ടി വേണം അല്ലെങ്കിൽ മാഗസിൻ വേണം അല്ലെങ്കിൽ ആരെങ്കിലും വേണം അല്ലെങ്കിൽ ടെലിഫോൺ വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ ടെലിഫോണും ഇല്ല ടിവിയും ഇല്ല കറണ്ടും ഇല്ല ഒറ്റയ്ക്കാണ് താനും ആ സമയത്ത് വാതിൽക്കൊരു മുട്ടും നമ്മുടെ മുട്ട അപ്പം വരില്ലേ ചിന്തിക്കാനുണ്ടോ ഭയം പുറകോട്ട് നമ്മളെ അങ്ങനെ അങ്ങനെ ആകെ അസ്വസ്ഥരാക്കില്ലേ അവർ ചോദിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഭയക്കുന്ന സമയത്ത് പലതിനെയും കൂടെ വെക്കണം അതിനോടൊക്കെ ഒരു ആസക്തിയും അതിനോടൊക്കെ ഒരു പ്രൊസസീവ്നസും വെക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എവിടെ നിന്നാണ് എന്നിൽ ഈ ഭയമൊക്കെ ആരംഭിക്കുന്നത് എന്റെ ഭയം ശരീരത്തിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നെ ഞാനാക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിൽ ആരംഭിച്ചിരിക്കുന്നത് സ്വാമി അപ്പൊ അതൊന്നും ചിന്ത അപ്പൊ ആകെയുള്ള ചിന്ത വാതിൽ എത്ര അടച്ചിടാൻ പറ്റുമോ കുറ്റികളിടാൻ പറ്റുമോ എന്നെ കട്ടിന്റെ ചുവട്ടിൽ ഒളിക്കാൻ പറ്റുമോ അതൊക്കെ അപ്പൊ ചിന്ത വരുള്ളൂ അല്ലാതെ ആ സമയത്തിരുന്നത് ചിന്തിക്കാൻ പറ്റുമോ ഹോ ഭഗവാനെ അവിടുത്തെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഭയം പൊങ്ങി വരണോ എന്ന് ഞാനിതൊക്കെ അറിയുന്നുണ്ട് ആർക്കും അതൊന്നും ആ സമയത്ത് തോന്നാറില്ല ഇനി തോന്നിയാൽ തന്നെ നമ്മൾ അധികം ചിന്തിക്കാറുമില്ല കാരണം അതൊക്കെ ആകെ നമ്മളെ കുഴപ്പമുണ്ടാക്കുന്ന ചിന്തകളാണ് അപ്പോ ഈ ചിന്തകളൊക്കെ നേരത്തെ ഉറപ്പിക്കണം നമുക്ക് ഏഴ് ദിവസം ഭാഗവതം കേട്ടതുകൊണ്ടാണ് ഏഴാമത്തെ ദിവസം തക്ഷകനെന്ന ഭയത്തിന്റെ മുന്നിൽ സധൈര്യം ഇരിക്കാൻ പരീക്ഷിത്ത രാജാവിന് സാധിച്ചത് ആ ഒരു നിമിഷമല്ല എന്ന് പറയാണ് അതിനുവേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മളതിനുവേണ്ടി അഭ്യാസം ചെയ്യണം പതുക്കെ പതുക്കെ പതുക്കെ നമ്മളതിനുവേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം ഒരു കാരണം ഒരു അദ്ദേഹത്തിനൊരു വിരുന്ന് പോകണം കല്യാണത്തിനൊക്കെ പോകണം അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങിയിട്ട് മെയിൻ റോട്ടിലേക്ക് ഇറങ്ങി ഹൈവേയിലേക്ക് ബസ് സ്റ്റോപ്പ് കുറെ ദൂരെയാണ് ഇദ്ദേഹം റോട്ടിന്റെ സൈഡിൽ നിന്ന് കൈക്ക് നീട്ടി കഴിഞ്ഞ ഇപ്പോൾ ബസ് നിർത്തി ഗവൺമെന്റ് ബസ് കെ എസ് ആർ ടി സി ആൾക്കെന്തോ തോന്നിയൊരു കാരണം ഒരു പാവൻ ഇപ്പോൾ സ്റ്റോപ്പൊന്നും നോക്കണ്ട അദ്ദേഹത്തെ പിടിച്ച് കേട്ടാണ് അങ്ങനെ അദ്ദേഹം ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തിയപ്പോൾ കണ്ടക്ടർ പറഞ്ഞിട്ട് കയറോ കയറുമെന്ന് അപ്പോൾ അദ്ദേഹം ഉറക്കം വിളിച്ചു വരുകയാണ് റിഹേഴ്സൽ നോക്കിയതാണ് നാളെ വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ എന്നുള്ള അറിയാൻ ഈ നാളെയെ കല്യാണം ഇന്ന് ആവശ്യമൊന്നുമില്ല ഒരു റിഹേഴ്സൽ നോക്കിയതാണെന്ന് ഇതുപോലെ നമ്മൾ അതിനു വേണ്ടിയിട്ടിങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കണം ഒരു സംഗീത കച്ചേരി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എത്ര ഗംഭീരം പാട്ട് കയമായിട്ടുണ്ട് നല്ല കുട്ടികൾ പാടിയപ്പോൾ പലരും പറയണോ ഗംഭീരം പക്ഷേ ആ കുട്ടികൾ ദിവസം അഭ്യസിക്കുന്നുണ്ട് നമ്മൾ ആരെയും അറിയുന്നുണ്ടോ എന്നും പ്രയത്നിക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ ഏത് കാര്യവും അഭ്യസിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളില് എ ഇ ഒ ഗവൺമെന്റ് സ്കൂളുകളിലാണല്ലോ എ ഇ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ വന്ന് ഇൻസ്പെക്ട് ചെയ്യാം അപ്പം അദ്ദേഹം ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് മുമ്പ് മാത്സ് ടീച്ചറായിരുന്നു കണക്ക് പഠിപ്പിച്ച മാഷായിരുന്നു ഒരു ക്ലാസ്സിലും മാത്തമെറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര സ്പിരിറ്റായി ഓഹ് എൻ്റെ വിഷയാണല്ലോ പഠിപ്പിക്കുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം അധ്യാപകനോട് വെച്ചു എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആയിരുന്നു ഓ വളരെ ഇമ്പ്രൂവ്ഡാണോ ഞാൻ വന്നതിന് ശേഷം വളരെ വളരെ മാറ്റമുണ്ടോ അപ്പം നിങ്ങൾ വന്നിട്ട് എത്ര കാലമായിരുന്നു ഞാൻ വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഓഹോ എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഓ സാറിനെന്ത് വേണമെന്ന് ചോദിച്ചാലോ കുട്ടികളൊക്കെ സ്മാർട്ടായിട്ട് ഉത്തരം പറയുന്നു അപ്പോൾ അധിക കുട്ടികൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികൾ മൂന്ന് വല്ലേ തോറ്റിട്ടുള്ളൂ ആ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുട്ടികൾ അവിടെ ഇരിക്കുന്നത് ഉടനെയോ ചോദ്യം ചോദിക്കാൻ നിശ്ചയിച്ചു ഒരു ചോദ്യം ചോദിക്കുകയാണ് ആറും ആറും ഗുണിച്ചാൽ എത്രയാണെന്ന് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടിയോട് ആറ് ഇൻറ്റു ആറ് എത്രയാണെന്ന് പുറകിലിരിക്കുന്ന കുട്ടിക്ക് ഒട്ടും തറക്കണ്ടായില്ല അവനുടനെ പറഞ്ഞു സാർ എൺപത്താറെ 86 സിക്സ് സാർ അറ്റി ഇത് കേട്ടപ്പോൾ എയ്യോ അധ്യാപകന്റെ മുഖത്ത് നോക്കിയിട്ട് വന്നു എന്താ സാർ നിങ്ങൾ പഠിപ്പിക്കണേ ആറും ആറും കുണിച്ചാൽ എൺപത്താറോന്ന് ഉടനെ അധ്യാപകൻ കൈകൂപ്പിയിട്ട് പറയാനാണ് സാർ അയാൾ വളരെ ഇമ്പ്രൂവ്ഡായിരുന്നു കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നപ്പോണ്ടല്ലോ നൂറ്റിയാറയാൾ പറഞ്ഞത് അതിന്റെ മുമ്പത്തെ വർഷം അയാൾ ഇരുന്നൂറ്റിയാറിനാണ് തുടങ്ങിയത് ഞാൻ ക്രിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ കൊല്ലം നൂറ്റിയാറിലെത്തിയിട്ടുണ്ട് കൊല്ലം എൺപത്താറ് എത്തിയില്ലേ ഒരു രണ്ടു കൊല്ലം കൂടി സാറ് വരൂന്ന് അവന് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുറഞ്ഞു പറഞ്ഞ് വരുന്നു ഒരു ദിവസം കറക്റ്റ് ആൻസർ അവൻ പറഞ്ഞിരിക്കും അതുകൊണ്ട് സാറാവൻ മോശമാണൊന്നും പറഞ്ഞു വിടരുത് എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഇതുപോലെ നമ്മൾ അഭ്യാസം ചെയ്യുമ്പോൾ മാത്രമാണ് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വരാൻ തോന്നുന്നു അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ ഓ എനിക്ക് ഭയമൊക്കെ നീങ്ങി ഞാൻ പരമപ്രേമത്തിൽ അങ്ങനെ ഇരിക്കും ഒരു കള്ളൻ മുന്നിൽ വരുമ്പോൾ വാളെടുത്തോ അല്ലെങ്കിൽ കത്തിരിത്തോ ചൂണ്ടുമ്പം പേടിയില്ലേ കുട്ട ഭാഗവതല്ലേ എൻ്റെ ഉള്ളിൽ അതൊക്കെ വരുന്നൊന്നും വിചാരിക്കരുത് അപ്പൊ ഒരു ഭാഗവതം വരില്ല പറ്റിയ ഭാഗവത പുസ്തകം കയ്യിലിടിച്ച താങ് തടുക്കാൻ പറ്റുമെന്ന് നോക്കും അതൊക്കെ നമുക്ക് വരുള്ളൂ അല്ലാതെ ഇതൊന്നും ഞങ്ങൾ ശബരിമലയിൽ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടുന്ന ഒരു പാമ്പ് വന്നു അത് നമ്മളടുത്തുകൂടെ തന്നെ വന്നത് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല ആ പാമ്പ് താഴേക്ക് ഇറങ്ങി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പണ്ട് പായ വരെ ചുരുട്ടിയിട്ട് ആളുകൾ ഓടുന്നുണ്ട് ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അവർക്കറിയില്ല ഞാൻ എന്താ പറയുക എന്നുള്ളത് അവിടെ ഓടാനും പറ്റില്ല എന്നാ ഉള്ളിൽ മുഴുവൻ ഇതെപ്പോഴാണ് വരിക ഈ സാധനം എപ്പോഴാ വരിക എന്നുള്ളത് ഇതാണ് നമ്മുടെ അവസ്ഥ പെട്ടെന്ന് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ദൃഢമായി കിട്ടില്ല അതുകൊണ്ട് എന്ത് വേണം അഭ്യാസ എന്നത് കൗന്ദീയ ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് അഭ്യാസം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നമുക്ക് കൈവരിക്കാൻ സാധ്യല്ല അതുകൊണ്ട് സ്വസ്ഥശ്ശേതേ സ്വസ്ഥനായി തീരണ്ടേ അതിനെന്ത് വേണം ഭഗവാനിലേക്ക് തിരിയണം ഈ സ്വസ്ഥം എന്നുള്ള പദം വളരെ രസമാണ് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു ം സന്തോഷം സംതൃപ്തി ഇതെല്ലാം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ഭഗവാന്റെ പേരുകളാണിതൊക്കെ അതുകൊണ്ട് മനസ്സിലല്ല സന്തോഷമുള്ളത് മനസ്സിലല്ല ശാന്തിയുള്ളത് മനസ്സിലല്ല സമാധാനമുള്ളത് മനസ്സിലല്ല സംതൃപ്തിയുള്ളത് ഇതൊക്കെ ഭഗവാനിലാണ് ഉള്ളത് എപ്പോ നമ്മുടെ മനസ്സ് അവിടേക്ക് തിരിക്കുന്നുവോ ഭഗവാനിലേക്ക് ഉറപ്പിക്കുന്നുവോ ആ പ്രേമത്തിലേക്ക് ഉയരുന്നുവോ അപ്പോൾ നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കും അതിൽ പറ്റിയൊരു അതിൽ ഉള്ളൊരു മറ്റൊരു പദമാണ് സ്വസ്തെന്നുള്ള പദം അതെളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായാലും സംസ്കൃതത്തിൽ സ്ത എന്ന ശബ്ദത്തിനർത്ഥം ഉറപ്പിക്കുക എന്നാണ് സ്ത എന്ന ശബ്ദത്തിനർത്ഥം ഉറപ്പിക്കുക പണ്ടുകാലങ്ങളിൽ വീട്ടിലൊക്കെ അതിഥികൾ വന്നാൽ അവർക്കിരിക്കാൻ എന്താണ് പീഡങ്ങളായിരുന്നു കൊടുത്തിരുന്നത് അതിനുശേഷമാണ് ഈ പുൽപ്പായയും പായയുടെ സംസ്കാരമൊക്കെ വന്നത് ഈ ചെയറും സ്റ്റൂളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലം അപ്പൊ പീഡങ്ങൾ കൊടുക്കും ഇരിക്കാൻ ഒരു മലത്തിൻ്റെ മരത്തിൻ്റെ പലകുണ്ടെങ്കിൽ അതെടുത്തു കൊടുക്കും അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും പ്രാചീന കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ പീഡം കൊടുത്തിട്ട് ഉപവിശതു പീഡസ്ഥ ഉപവിശതു പീഠത്തിൽ ഇരിക്കാൻ പറയും അപ്പൊ പീഡസ്ഥൻ എന്ന് പറയുമ്പോൾ ആ പീഠത്തിൽ ഉറപ്പ് ഇരിപ്പുറപ്പിച്ചവൻ എന്നർത്ഥത്തിലാണ് പറയുന്നത് സ്തൻ എന്ന് പറഞ്ഞാൽ ഒരു പേരുണ്ട് കൂടസ്ഥൻ കൂടസ്ഥൻ കൂടവ തിഷ്ഠതി ഇതി കൂടസ്ഥൻ അതായത് ഈ കൊല്ലന്റെ ആലയില് ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ താക്കോലായാലും കത്തിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇരുമ്പിന്റെ വലിയ പലക ഉണ്ടാവും നല്ല കട്ടിയുള്ളൊരു പലക പീഠം അതിൽ വെച്ചിട്ടാണ് ഇയാള് പണികളൊക്കെ ചെയ്യുക എല്ലാ പണികളും ചെയ്യുമ്പോ ആ പലകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അതങ്ങനെ തന്നെ നിൽക്കും ഇതുപോലെ ഈ ശരീരത്തിനും മനസ്സിനും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മളെ നമ്മളാക്കി തീർക്കുന്ന ഈശ്വര ചൈതന്യത്തിന് യാതൊരു മാറ്റവുമില്ലാത്തതുകൊണ്ടാണ് ഭഗവാനെ എന്ത് പേര് വിളിക്കുന്നത് ഈ കൂടായിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നിട്ടും യാതൊരു മാറ്റങ്ങളില്ലാതെ ഇരിക്കുന്നവൻ ആരോ അവൻ കൂടസ്ഥൻ കൂടവ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു കൂട് ഈ ശരീരം ഒരു കൂടുപോലെയാണ് അതിൽ ഇരുന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു മാറ്റങ്ങൾക്കും പരിണാമങ്ങൾക്കും വിധേയനാവാതെ ഒരുപോലെ എന്നും ഇരിക്കുന്നവനാരോ അവൻ കൂടസ്ഥൻ അതേ അർത്ഥത്തിലാണ് അച്യുതൻ എന്ന പദങ്ങളൊക്കെ ഭഗവാനെ വിളിക്കുന്നത് അച്യുതൻ എന്നുള്ള പദം നാളെ വരുമ്പോൾ നമുക്ക് വിസ്തരിക്കാം അപ്പൊ സ്ഥാന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാനാണ് അർത്ഥം പീഡസ്ഥൻ എന്താണ് ഗൃഹസ്ഥൻ ഗൃഹത്തിൽ ഗൃഹജീവിതത്തിൽ ഇരിപ്പുറപ്പിച്ചവൻ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു പണിക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല ഗൃഹജീവിതത്തിൽ ഇരിപ്പുറ ഉറപ്പിച്ചവൻ ഗൃഹസ്ഥൻ പിന്നെ നമുക്ക് നല്ല പരിചയമുള്ളൊരു പദമാണ് അസ്വസ്ഥ എന്നുള്ളത് അസ്വസ്ഥാൽ അസ്വസ്ഥതയിൽ മനസ്സിനെ ഉറപ്പിച്ചവൻ ആരോ അവൻ അസ്വസ്ഥൻ അത് നമുക്കുണ്ട് നല്ലോണം അത് പറയേണ്ട ആവശ്യമില്ല അത് അനുഭവമാണ് അവ എന്ന് പറഞ്ഞാൽ ആരാണ് അസ്വസ്ഥത ഇല്ലാത്തവനെയാണ് നമ്മൾ സ്വസ്ഥെന്ന് വിളിക്കുക അങ്ങനെയാണല്ലോ ഓ ഇപ്പൊ വളരെ സ്വസ്ഥമായിട്ടിരിക്കണോ എന്ന് പറയാം വാസ്തവത്തിൽ അതല്ല സ്വസ്ഥ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വ നല്ല ശബ്ദത്തിന് ഭഗവാൻ എന്നാണ് അർത്ഥം അപ്പൊ ആരുടെ മനസ്സാണോ പ്രേമത്തോടുകൂടി ഭഗവാനിൽ ഉറപ്പിക്കുന്നത് അവരെയാണ് എന്ത് വിളിക്കുന്നത് സ്വസ്ഥന് അപ്പൊ നമ്മളൊക്കെ സ്വസ്ഥന്മാരാണോ നമ്മളൊക്കെ മുക്കാൽ പങ്കും ഭാഗവും അസ്വസ്ഥന്മാരായിട്ട് ഇരിക്കാനുള്ള കാരണം ആ ഭഗവത് പ്രേമത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തി നമ്മളാരും ഉറപ്പിക്കുന്നില്ല നമ്മൾ അമ്പലത്തിൽ ശാന്തി ഉണ്ടോ എന്ന് പറയുമ്പോഴും അമ്പലത്തിലൊക്കെ പോയി തൊഴുന്ന സമയത്ത് വല്ലവനും ചവിട്ടി അല്ലെങ്കിൽ ഒരു കുത്തോ ഇടിയോ തരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയിട്ടിങ്ങനെ പ്രേമത്തോടുകൂടി ഗുരുവായപ്പ ഒന്നും പറയേണ്ട ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞാൽ ആ സങ്കടത്തോടുകൂടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് മനസ്സങ്ങനെ സന്തോഷത്തിലിരിക്കും ആ പാറാവുകാരൻ മുന്നോട്ട് പറഞ്ഞ ഒരു കുത്ത് തന്നുകഴിഞ്ഞാൽ ഗുരുവായപ്പ അവന് രണ്ടെണ്ണം കൊടുക്കണമെന്ന് പറയും അപ്പോഴേക്ക് മനസ്സ് അസ്വസ്ഥായി കഴിഞ്ഞു മനസ്സിന്റെ സ്വസ്ഥത പറയുക അപ്പൊ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സ്വസ്ഥതയെ തകർക്കാൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥമായൊരു സ്വസ്ഥതയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല ഉറപ്പിക്കണം യഥാർത്ഥമായ സ്വസ്ഥതയിലേക്ക് ഉയർന്നവന് പിന്നെ അസ്വസ്ഥതകളൊന്നും അങ്ങനെയൊന്നും ബാധിക്കില്ല അപ്പൊ അങ്ങനെ അവരുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ എന്ത് വേണം പറയണോ സ്വസ്ഥനായി തീരണമെങ്കിൽ തൊൽ പാദാബ്ജം പ്രാപ്യ അവിടുത്തെ പാദത്തെ ശരണം പ്രാപിക്കണം ഭഗവാനെ ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ ഭഗവത് തത്വം എന്നർത്ഥം എവിടെ പാദം പാദം എന്നുള്ള അർത്ഥം ശബ്ദം വരുന്നു അവിടെയൊക്കെ ഭഗവത് തത്വം ഭഗവത് സാന്നിധ്യം എന്നർത്ഥമെടുക്കണം പാദത്തിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത് ഈ പാദം എന്നുള്ള ശബ്ദവും വളരെ മനോഹരമാണ് പുരാണങ്ങളുടെ ഭാഷയാണ് ഭഗവത് പാദം എന്നുള്ളത് നമ്മൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വിഗ്രഹത്തിലോ ആവട്ടെ അവിടെ പൂക്കളോ മറ്റോ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ പൂക്കളെടുത്ത് ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവയ്ക്കും നമ്മുടെ വീട്ടിലാണെങ്കിൽ ഫോട്ടോയിലും ഭഗവാന്റെ പാദത്തിൽ നമ്മൾ അർപ്പിക്കും ഭഗവാന്റെ പാദത്തിലാണ് എന്തും അർപ്പിക്കുക എല്ലാം ഭഗവത് പാദത്തിലാണ് ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ശരണം എന്നല്ലേ പ്രാർത്ഥിക്കുക അവിടുത്തെ പാദങ്ങളിൽ എനിക്ക് പ്രേമവും ഭഗവാനെ ശരണം ശരണാഗതി തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഈ പാദം എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് ശരീരത്തിൻ്റെ ഒരവയവന്നാണോ നമ്മൾ അർത്ഥമാക്കുന്നത് അങ്ങനെയായിരിക്കരുത് പ്രിയാണ് ഈ ശരീരം മുഴുവൻ നിൽക്കുന്നത് നമ്മുടെ പാദത്തിലാണ് അതായത് ശരീരത്തിന് ആശ്രയമായി നിൽക്കുന്നത് പാദമാണ് എപ്പോൾ പാദങ്ങൾ തളർന്നുവോ പിന്നെ ശരീരത്തിന് നിൽക്കാൻ സാധ്യല്ല അതുകൊണ്ടാണ് ശരീരം തളർന്നാൽ നമുക്കൊരു വടി പിടിക്കേണ്ടി വരുന്നത് പറയും ഇപ്പോൾ എൻ്റെ ജീവിതം ഒരു വടിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് പറയാറില്ലേ അപ്പം വടി പിടിക്കുന്ന സമയത്ത് പാദത്തിന് പകരം നമ്മൾ ആശ്രയിക്കുന്നത് വടിയായി തീരുന്നു അപ്പൊ പാദമെന്ന് പറയുന്നത് ആശ്രയമാണ് നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ നിലനിർത്തുന്നത് ഭഗവൽ ആശ്രയമാണെന്ന ബോധം എപ്പോൾ നമുക്ക് വരുമോ അതാണ് വാസ്തവത്തിൽ ഭഗവത്പാദം എന്ന് ഉറപ്പിക്കണം നമ്മൾ ഭാഗവതത്തിലും അവസാനം നമ്മളെ എത്തിക്കുന്നത് ആശ്രയത്തിലേക്കാണ് അത് മറന്നു പോകരുത് ലക്ഷണങ്ങൾ പറയുമ്പോൾ സർഗം സ്ഥാനം പോഷണം ഊദയ മന്നന്തരം ഈശാനുകത നിരോധം മുക്തി ആശ്രയം ഭാഗവതത്തിലും പറയാനുള്ളത് ആശ്രയമാണ് ഭഗവാന്റെ പാദം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടതും ആശ്രയമാണ് ആ ആശ്രയമുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളായിട്ട് നിലനിൽക്കുന്നതെങ്കിൽ ആരെയാണ് ഇവിടെ ആശ്രയിക്കേണ്ടത് ആരെ ആശ്രയിച്ചാലാണ് സ്വസ്ഥനായി തീരാൻ സാധിക്കുക മനസ്സുകൊണ്ട് ആ ഭഗവാനെ തന്നെ പ്രേമത്തോടുകൂടി ആശ്രയിക്കുമ്പോഴാണ് ആത്മാർത്ഥമായ ഒരു സത്യസന്ധമായ ഒരു ദൃഢമായ ഒരു സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഇമാജിനേഷനോ ഒരു വെറും സങ്കൽപ്പം മാത്രാവോ സ്വസ്ഥത എന്നുള്ളത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു അഹോ ആശ്ചര്യം ഇത്രയും വലിയ ഭഗവാനെ ഈ ശംഖുചക്ര കഥകളൊക്കെ എന്റെ ഗർഭത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വന്നത് ഈ ആയുധങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് എന്തോ ഇന്നത്തെ കുട്ടികളൊക്കെ ജനിക്കും ആയുധമൊന്നായിട്ട് വരുന്നില്ല ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമായിരുന്നു വളരെ ആശ്ചര്യത്തോടുകൂടി ദേവകീ ദേവി പറയാണ് വളരെ കാർമ്മിക വർണ്ണത്തിലിരുന്ന അങ്ങ് അത്ഭുതകരമായ രൂപം കാണിച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഭഗവാനെ അതുകൊണ്ട് ഈ രൂപത്തെ മറച്ച് ആ കുഞ്ഞിന്റെ രൂപത്തിലേക്കൊന്ന് വരൂ അമ്മയുടെ ആ മാതൃഭാവം അപ്പോഴേക്ക് ഉണരുകയാണ് ഇത് കണ്ടപ്പോ ഭഗവാൻ ഒരു ഉപദേശം കൊടുക്കുകയാണ് അമ്മയ്ക്ക് അമ്മയെ ഞാൻ എന്തിനാണ് ഇങ്ങനെ രൂപ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർവജന്മ സ്മൃതി ഉണ്ടാക്കിത്തരാനാണ് എത്രയോ വർഷം കഠിനമായ കഠിനമായ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പുത്രനായിട്ട് ജനിച്ചത് ഈ ജന്മം മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ പുത്രനായിട്ട് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പ്രസ്നീ ഗർഭൻ എന്ന പേരിൽ വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് സ്മരണ ഉണ്ടാവില്ല ഞാൻ വാമനമൂർത്തിയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും തപസ്സിന്റെയും നിങ്ങളുടെ പ്രേമത്തിന്റെയും ഫലമായിട്ട് ഞാൻ കൃഷ്ണരൂപത്തിൽ വന്നിരിക്കുന്നു ഇനി എനിക്കൊരു അപേക്ഷയുണ്ട് ഇതാണ് ഭഗവാൻ ജയിലിൽ വച്ച് പിതാവിനും അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണത് യുവാ മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ കൃതസ്നേഹോദേ മദ്ഗതി പരാം ഇത് വളരെ ഗംഭീരമായൊരുപദേശമാണ് ജീവിതം ലീലയാവണം ലീലയാക്കണം െന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാവണം നല്ലതാണ് ഒരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ മമ്മൂട്ടിയാവട്ടെ മോഹൻലാലാവട്ടെ സുരേഷ് ഗോപി ആവട്ടെ ആരും ആവട്ടെ അവര് വേഷമൊക്കെ കെട്ടി അഭിനയിക്കാൻ വരുന്ന സമയത്ത് അവർക്കറിയാം ഈ നിമിഷം ഞങ്ങൾ സുരേഷ് ഗോപിയോ മോഹൻലാലോ അല്ല എന്നുള്ളത് ഒരു നടനാണ് ഒരു കഥാപാത്രമാണ് അങ്ങനെ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ കഥാപാത്രത്തിന്റെ ഭാഗം ആടും അങ്ങനെ ആടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം ഞങ്ങൾ ആരാണെന്നുള്ളത് അപ്പൊ ഒരേ സമയം രണ്ട് വ്യക്തിത്വം അവർ സൂക്ഷിച്ചു വയ്ക്കുന്നു ഉള്ളിന്റെ ഉള്ളിൽ ശരിയായ വ്യക്തിത്വവും പുറമേക്ക് ഒരു കഥാപാത്രത്തിന്റെ വ്യക്തിത്വവും ആ കഥാപാത്രം പലരുമായി ബന്ധപ്പെടുമ്പോഴും ഓരോ ഡയലോഗുകൾ പറയുമ്പോഴും അവിടെ കല്യാണം കഴിക്കുമ്പോഴും അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ഞാനിവിളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ കുട്ടി ഉള്ളിലൂടെ അങ്ങനെ ഒരു കൺഫ്യൂഷനില്ല ആ സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് ഏരിയയിൽ നിന്ന് പുറത്തു പോകുമ്പോ അവര് അഭിനയിച്ചവരൊന്നും ആ പെണ്ണിനോട് ചോദിക്കാറില്ല ഇതേ നമ്മൾ രണ്ടുപേര് കല്യാണം കഴിച്ചു എന്നുള്ള പ്രൂഫുണ്ട് ഇതിൽ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ എന്റെ കൂടെ വാന്ന് അയാളും പറയില്ല ഞാൻ നിന്റെ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് അവളും ചോദിക്കില്ല അവളുടെ ഭർത്താവ് അവളെ കാത്തിരിക്കണോ അല്ലെങ്കിൽ ഇവരുടെ നടന്റെ ഭാര്യ ഉണ്ടാവും അവരെ കാത്തിരിക്കുന്നു ശരിയല്ലേ അപ്പൊ അഭിനയിക്കുമ്പോഴും രണ്ട് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അഭിനയിക്കുന്നവരാണ് നടന്മാര് എന്ന് പറയുന്നത് അപ്പൊ ഞാനും നിങ്ങളും കഥകളി കാണാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹിരണ്യകശിപൂവിന്റെ ആ ഭാഗം ഭഗവാൻ നരസിംഹമൂർത്തിയിട്ട് ഹിരണ്യകശിപൂവിനെ കൊല്ലുന്ന വധം ആ ഭാഗം നമ്മൾ കാണാൻ പോകുമ്പോൾ ആ നരസിംഹത്തിന്റെ പുറപ്പാടും നരസിംഹത്തിന്റെ അഭിനയമൊക്കെ കൂടി കാണുമ്പോൾ നമ്മൾ പേടിക്കും നരസിംഹമൂർത്തിയുടെ ഭാര്യ മുന്നിലിരിക്കേണ്ടെന്ന് ആ ഭാര്യ മുന്നിലിരിക്കുന്നെങ്കിൽ അവർക്ക് വല്ല പേടി ഉണ്ടാവുകയോ ഒരു പേടിയുണ്ടാവില്ല കാരണം അവർക്കറിയാം എന്റെ ഭർത്താവാണ് നരസിംഹമായിട്ട് ആടുന്നത് എന്നുള്ളത് അവന്റെ മനസ്സിൽ അപ്പോഴും ആ ഭർത്താവിനെ ഭർത്താവായി കണ്ടുകൊണ്ടത് ആസ്വദിക്കും ഇല്ലേ നനതായിട്ട് ആസ്വദിക്കുമോ ആ അഭിനയങ്ങളൊക്കെ കാണുമ്പോഴും ഓ കേമാ ഉണ്ടിട്ടോ എന്ന് ആളുകളൊക്കെ കിടുകിടാ പേടിക്കുമ്പോഴും ആ ഹിരണ്യകേശിവനെ കടന്നു പിടിച്ച് കൊട്ടലൊക്കെ അങ്ങനെ എടുക്കുമ്പോഴൊക്കെ ആ ഭാര്യയ്ക്ക് ഒരു പേടിയില്ല കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും നരസിംഹ ആവാൻ പറ്റില്ലാണ് പിന്നെ ഞാനാ കിട്ടുന്നവച്ചാൽ പിന്നെ അത്ഭുതമുണ്ട് അങ്ങനെ ഉണ്ട് അവളുടെ സ്വഭാവം വായൽ വരലിട്ടാ പോലും കടിക്കാത്ത വ്യക്തി അയാൾ അങ്ങനെ ഇരിക്കുന്നു ആ ഭാര്യയ്ക്ക് അല്പം പോലും പേടി ഉണ്ടാവില്ല ആ നരസിംഹമൂർത്തിക്ക് ഞാൻ നരസിംഹമല്ല ഞാൻ ആരാണ് ആരാ കുട്ടിരാമൻ നായരോ കേശവൻ നായരോ ഗോപാല ആരാവട്ടെ ആരാണോ വേഷം കെട്ടിയത് അയാളാണ് എന്നുള്ളത് കഴിഞ്ഞ് ഗ്രീൻ റൂമിലേക്ക് കടക്കുമ്പോൾ നരസിംഹമൂർത്തിയുടെ കഴുത്ത് പിടിച്ച് രണ്ടെണ്ണം കൊടുക്കൂ നീ എന്ത് പണിയാണ് ചെയ്തതെന്ന് പറഞ്ഞെ ഇല്ല അവർക്ക് രണ്ടുപേർക്കൊരേതൊരു അഭിനയമാണെന്നുള്ളത് ചിലപ്പോ കളി കാര്യത്തിലാവാറുണ്ട് എവിടെയൊരു സ്ഥലത്ത് കഥകളി നടക്കുകയാണ് ആ സമയത്ത് എന്ത് പറ്റി വച്ചാൽ ഇവർ ഈ ചാടി കളിക്കുന്നതിന്റെ ഇടയിൽ ഹിരണ്യശിപുവിനെ പിടിക്കാൻ നരസിംഹമൂർത്തി ഓടുകയാണ് ഓടുന്നതിന്റെ ഇടയിൽ ഓടിയൊക്കെ കഴിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്ത് തന്റെ മടിയിലങ്ങനെ കടത്തി അങ്ങനെ കൊടലും മാല എടുക്കാൻ നോക്കുമ്പോൾ ബലൂണ് കാണാനില്ല ഒരു ബലൂണിന്റെ ഉള്ളിലാണ് മഷിയും ഈ പഞ്ഞിയൊക്കെ നിറച്ചു വെച്ചിരിക്കുന്നത് ഈ ചാട്ടത്തിന്റെ ഇടയിൽ ഇത് പോയിട്ടുണ്ട് ഹിരണ്യ മാലയും കുടലൊന്നും കിട്ടാതെ വന്നപ്പോ നരസിംഹമൂർത്തി ഇരുന്ന് തപ്പാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ ഈ കൂർത്ത മൂർത്ത നഖങ്ങളാണ് അതൊക്കെ ഫിറ്റ് ചെയ്താണല്ലോ ഇതിങ്ങനെ അവിടും വേണ്ട തൊട്ടത് ഇക്കിളിയാവാൻ തുടങ്ങി ഇവിടെ ആകെ പേടിച്ചു കരയേണ്ട ഒരവസ്ഥയിൽ നിൽക്കുന്നത് അയാൾക്ക് ഇക്കളിയാവുക അയാളിങ്ങനെ കണ്ണിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദേ അവിടെ വേണ്ടി നിന്ന് തൊട്ടപ്പിട്ടെന്നുള്ളത് അപ്പം നരസിംഹമൂർ ചോദിക്കണ്ട ആ കുറേ മാലിവിടെ സംഗതിയോടെ ചാടിപ്പോ അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു കൊട്ടുകാരെങ്ങനെ വാശിലും മുറുകിക്കൊട്ടാണ് ഇപ്പം വെറും കുടലും മാലിന്ന് നോക്കിയിട്ട് കൊട്ടിയിട്ട് എത്ര കൊട്ടീട്ട് കൊടലും മാലയും വരുന്നില്ല അവസാനം കണ്ണോട്ട് കാണിച്ചു കൊടുത്ത നരസിംഹമൂർത്തി ഇനി ഇങ്ങനെ കൊട്ടിയിട്ട് കൊടലും മാലയും കിട്ടാനില്ല സേവനം കൊണ്ടുവരുന്നു അപ്പൊ നോക്കുമ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് വീണു നടക്കുക സംഗതി ആരും അതിന്റെ അടുത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത് അങ്ങനെ നരസിംഹമൂർത്തി അത് വയറ്റിലിട്ട് പിന്നെ വലിച്ചെടുക്കുക ചെയ്ത് ആ നിമിഷം ആ കൈ കൊണ്ട് തപ്പുന്ന സമയത്ത് ഹിരണ്യ ചിപൂന് പോലും അറിയാം ഞാൻ ഹിരണിക ചിപൂ അല്ല എന്നുള്ളത് അപ്പൊ നോക്കൂ അതുപോലെ നമ്മുടെ ജീവിതത്തില് ഇത് രണ്ട് വ്യക്തിത്വം കൊണ്ട് നടക്കാൻ സാധിക്കണം ഏതാണെന്ന് ഒന്ന് ആത്മീയ വ്യക്തിത്വം ഒന്ന് ഭൗതിക വ്യക്തിത്വം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് സ്ഥൂല വ്യക്തിത്വം രണ്ട് സൂക്ഷ്മ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സ്ഥൂലമായി ആണാണ് പെണ്ണാണ് അച്ഛനാണ് അമ്മയാണ് ഭാര്യയാണ് ഇങ്ങനെയൊരു കഥാപാത്രത്തിന്റെ വേഷം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ സൂക്ഷ്മമായി ഒരു മനസ്സാണ് ഈ ശരീരത്തെ എടുത്തിരിക്കുന്നത് ഒരു മനസ്സാണ് ഇതിനെ കൊണ്ടു ആ മനസ്സിന് എപ്പോ വേണമെങ്കിലും ശരീരത്തെ വിട്ടുപോവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് മനസ്സിന് ആണാവാൻ സാധിക്കും മനസ്സിന് പെണ്ണാവാൻ സാധിക്കും മനസ്സിന് ഏത് ശരീരത്തെ എടുക്കാൻ സാധിക്കും മനസ്സിനെ സംബന്ധിച്ച് ഒരു ശരീരവും അതിന് പ്രത്യേകമായി ഇല്ല എന്ന് പറയുന്നത് ഒരു ശിശുവിന്റെ ശരീരം മനസ്സെടുത്തു ബാലന്റെ ശരീരം അല്ലെങ്കിൽ ബാലികയുടെ ശരീരമെടുത്തു യൗവനത്തിലേക്ക് വന്നപ്പോൾ ആ ശരീരമെടുത്തു വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ആ ശരീരം എടുക്കും അതിനോടും വല്ല ബന്ധുമുണ്ടോ അതും ഒരു ദിവസം വിടും ഇല്ലേ ഇതാണ് മനസ്സിന്റെ വ്യക്തിത്വമെങ്കിൽ ആ തലത്തിൽ നമ്മൾ കാണുമ്പോൾ എന്ത് വേണം ഇവിടെ ഞാൻ ആരുമായി ബന്ധനങ്ങൾ സൃഷ്ടിക്കരുത് ഞാനിവിടെ ആരുമായിട്ട് വല്ലാതെ അടുക്കാനോ അകലാനോ പോകരുത് ആരോടും വെറുക്കാനോ വിദ്വേഷത്തിനോ പോകരുത് ഈ മനസ്സുകൊണ്ട് ഞാൻ പ്രേമിക്കേണ്ടത് എന്നെ ഞാനാക്കി തീർക്കുന്ന ഈ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈശ്വര ചൈതന്യമാണെന്ന ബോധം നല്ലവണ്ണം മനസ്സിൽ ഉണ്ടാക്കിവെക്കണം അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ ആരോടൊക്കെ ഇടപെട്ടാലും അത് നമുക്കൊരു ഭാരമായി തീരില്ല അല്ലെങ്കിൽ നമുക്ക് ഭർത്താവ് സത്യമായി തോന്നും മക്കൾ സത്യമായി തോന്നും ബന്ധങ്ങളൊക്കെ സത്യമായി തോന്നും ആ ബന്ധങ്ങളൊക്കെ ശാരീരിക തലത്തിലാണ് നിൽക്കുന്നതെന്ന പരമാർത്ഥം നമ്മൾ വിസ്മരിക്കും ഒരു ദിവസം ശരീരത്തെ വിട്ടുപോകേണ്ടവരാണെന്ന കാര്യം നമ്മൾ വിസ്മരിക്കും അതിലൊക്കെ നമ്മളിരുന്ന് കുരുങ്ങി കരഞ്ഞ് വേദനിക്കേണ്ടി വരും എന്നാൽ ഈ പരമാർത്ഥത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കേണ്ടടുത്ത് ചിരിക്കാം കരയേണ്ടടുത്ത് കരയാം ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പറയാൻ സാധിക്കും വാസ്തവത്തിൽ ഇത് വെറും അഭിനയം മാത്രമാണ് എത്രയോ ബന്ധങ്ങൾ ഉണ്ടാക്കി എത്രയോ ബന്ധങ്ങളിലൂടെ കടന്നുപോയി ബാല്യത്തിൽ നമ്മൾ വിദ്യാലയത്തിൽ പോയപ്പോ അന്നത്തെ ആ സുഹൃത് ബന്ധമൊക്കെ എത്ര ദൃഢമായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടില്ലേ സ്വപ്നം കണ്ടില്ലേ ഈ സുഹൃത്തുക്കളൊക്കെ എന്ത് നിലനിൽക്കണം കൂടെ ഉണ്ടാവണമെന്ന് അവിടെ നിന്ന് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോയപ്പോ അവരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് കോളേജിലേക്ക് ഇറങ്ങി പോയപ്പോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു കോളേജിൽ നിന്നൊക്കെ വിട്ടു പിരിയുമ്പം ഹോ നീ ഇല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കുക ഞാനില്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കുക ഇതൊക്കെ കഴിഞ്ഞ് ജോലിയും കിട്ടി വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു പ്രേമായിട്ട് നടക്കുന്നവരൊക്കെ എത്ര കാലം പ്രേമം കൊണ്ട് നടക്കുന്നുണ്ട് നീ ഇല്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ നീയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നടന്ന അവസാനം തെക്കൂല്ല വടക്കൂല അവൾക്കവളുടെ പാട് എനിക്ക് എന്റെ പാട് ഇല്ലേ കാണുന്നില്ലേ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ മനസ്സിങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് മനസ്സിന് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിന് വാസ്തവത്തിൽ ആരോട് ബന്ധമുണ്ട് അച്ഛൻ മരിച്ചിട്ടും നമ്മൾ ജീവിക്കുന്നു അമ്മ മരിച്ചിട്ടും ജീവിക്കുന്നു ഭാര്യ മരിച്ചിട്ടും ജീവിക്കുന്നു മക്കൾ മരിച്ചിട്ടും ജീവിക്കണോ ഇതിലൊക്കപ്പുറം ഇനി എന്താ വേണ്ടത് അപ്പൊ നമ്മൾ അവരൊന്നും ഇല്ലെങ്കിൽ ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ എന്തൊരു അർത്ഥമുണ്ട് അപ്പൊ സൂക്ഷ്മമായിട്ട് നാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഉയരാൻ സാധിക്കും ഭാഗവതം ഭഗവാൻ പറയുന്നു യാസേതേ മൽഗതി പരാം അവർക്ക് പരമമായ ഗതി കിട്ടും അപ്പൊ എങ്ങനെയാണ് എന്നെ നോക്കേണ്ടത് പുത്രഭാവേന സ്നേഹം പുത്രഭാവത്തിൽ നിങ്ങൾ സ്നേഹിച്ചോളൂ പക്ഷേ ബ്രഹ്മഭാവേന ചിന്ത ബ്രഹ്മഭാവത്തിൽ എന്നെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ എന്റെ പരമഗതിയെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് ജയിലിൽ വച്ച് അച്ഛനും അമ്മയ്ക്കും ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ ഈ ഉപദേശം വളരെ സുന്ദരമായി നമ്മളേക്കാളും വേഗത്തിൽ വസുദേവരും ദേവകി ദേവിയും ഇനി നമുക്ക് കാണാം എൺപത്തിനാലാം അധ്യായത്തിൽ ആ വസുദേവരെ കരഞ്ഞുകൊണ്ട് ഈ കാര്യം ഓർമ്മിപ്പിക്കും ഭഗവാനോട് അങ്ങന്ന് പ്രസൂതി ഗൃഹത്തിൽ വച്ച് ഗർഭ ഗർഭത്തിൽ നിന്ന് പുറത്തു നിമിഷം ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നിരുന്നു കൃഷ്ണ പക്ഷേ വിവേകമില്ലാത്ത അച്ഛൻ അതൊക്കെ മറന്നുപോയി കൂട്ടി ഇനിയും ആ അച്ഛനെ അതിലേക്കൊന്ന് ഉയർത്തു എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു ഉപദേശം കൊടുത്തുവിടും എന്നിട്ടും അച്ഛൻ നേരെയാവില്ല എന്ന് കണ്ടപ്പോ നാരദമാശി ചെന്ന് ഉപദേശിച്ച് ാലോചിച്ച് നോക്കൂ ഭഗവാൻ കൃഷ്ണന്റെ പിതാവ് പോലും ഇതൊക്കെ മനസ്സിലാക്കാതെ ജീവിച്ചിട്ട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാനും നിങ്ങളും ഭഗവാന്റെ മക്കളോ അല്ലെങ്കിൽ ഭഗവാന്റെ അച്ഛനോമേ ബന്ധുക്കളൊന്നും അല്ലല്ലോ അപ്പൊ നമ്മൾക്ക് എത്ര ഉത്തരവാദിത്തത്തോടുകൂടി ഇത് പഠിക്കണം മനസ്സിലാക്കണം അങ്ങനെ ഭാഗവത് നമുക്കത് കാണിച്ചു തരാണ് ഏതായാലും അതിനുശേഷം പറഞ്ഞു എനി കംസാൽ ഭയം ഇനി നിങ്ങൾക്ക് കംസലില്ലെന്നും ഭയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇനി ഗോകുലയാത്രയ്ക്ക് തയ്യാറാവാൻ ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് ഒരു കൈക്കുഞ്ഞിനെ പോലെ കാർമ്മിക വർണ്ണത്തിൽ ഒരുണ്ട മുട്ടനായ മാറി കുട്ടിയെ വാരിക്കോരിയെടുത്തു അമ്മ വാത്സല്യത്തോടുകൂടി മാറോട് ചേർത്ത് മുലപ്പാൽ കൊടുത്തു എന്നിട്ട് ദേഹം വസുദേവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൂരാക്കൂരിട്ടുള്ള അർദ്ധരാത്രിയിൽ അത് ആ ഗംഭീരമായ മഴ സന്ദർഭത്തിൽ വസുദേവരാ കുട്ടിയെ ഒരുപാട് തുണികളിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് പുറത്തേക്ക് കിടക്കുകയാണ് ഒരു നിമിഷം പുറത്തേക്ക് കിടക്കുമ്പോൾ കുട്ടിയെ മാത്രം മഴ നനയുന്നില്ല ഏതോ ഒരു അത്ഭുത ശക്തി എന്ന വണ്ണം അനന്തൻ കുടകൾ ചൂടിച്ചുകൊണ്ട് ഭഗവാനെയും കൊണ്ട് വസ്തേവർ മുന്നോട്ട് നീങ്ങി മിന്നലിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി യമുനാനദി തീരത്തെത്തിയപ്പോ യമുനാനദിയിലേക്ക് നോക്കിയതും പണ്ട് ശ്രീരാമസ്വാമിക്ക് സേതുബന്ധം ചെയ്യാൻ അനുവദിച്ചതുപോലെ ആ യമുനാനദി രണ്ടായി പിരിഞ്ഞ് ആ വസുദേവർക്ക് വഴിമാറിക്കൊടുത്തു അതിലൂടെ ഭഗവാൻ കൃഷ്ണനെയും കൊണ്ടു പോന്നു അവസാനം ഗോകുലത്തിൽ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തിച്ചേർന്നു ഒരു ഗാഠമായ നിദ്ര ആ സമാധിയിൽ അവർ ലയിച്ചിരിക്കുകയാണ് എന്ത് നടക്കുന്നത് അവരറിയുന്നില്ല ആ സമയത്ത് ഭഗവാനെ സ്പർശിച്ചതും വാതിലുകളൊക്കെ കവാടങ്ങളെ തുറന്നു നേരെ അകത്തേക്ക് ചെന്നു യശോദാദേവി അന്ന് പുലർച്ചയ്ക്ക് പ്രസവിച്ചിരുന്നു പക്ഷേ പ്രസവിച്ചുവെന്ന് മാത്രമേ അവർക്ക് എന്താ കുട്ടി ഏതാ കുട്ടിയോ നോക്കാൻ പറ്റില്ല അത്രയും ഉറക്കം അവരെ പിടികൂടി ഒന്നാമത് ഡോക്ടർമാരൊക്കെ കയ്യൊഴുക പ്രസവിക്കില്ല എന്ന് പറഞ്ഞ കയ്യൊഴിഞ്ഞ കേസാ അപ്പൊ ഇങ്ങനെ ഒരു പ്രസവം നടക്കുന്ന ആരും സ്വപ്നേധി വിചാരിച്ചിട്ടില്ല ഏതായാലും ഭഗവാനെ അത് ആ കുട്ടിയിലടുത്ത് കടത്തിയിട്ട് ആ കുട്ടിയെയും കൊണ്ട് നന്ദഗോപര വസുദേവരുടെ വസുദേവർ നന്ദഗോപര ഗൃഹത്തിൽ നിന്നും അടങ്ങി തിരിച്ച് യമുനാനദിയും കഴിഞ്ഞ് കാരാഗൃഹത്തിലെത്തുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകളൊക്കെ പൂടിയെന്നും അടഞ്ഞുവെന്നും അതിനുശേഷം ദേവകീ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഉച്ചത്തിൽ അങ്ങോട്ട് അലറിയതും പാറാവുകാർ സ്പ്രിങ്ങിൽ എന്ന വണ്ണം ചാടി നീട്ടൂ എന്നാണ് ഓടിയവര് നേരെ കംസന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു അവൾ പ്രസവിച്ചു പ്രസവിച്ചു വേദം വരൂ വേദം വരൂ എന്നൊക്കെ പറഞ്ഞാൽ അലറിയതും കംസൻ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടിരുന്നു ഒരു കുട്ടി തന്റെ നെഞ്ചത്ത് കയറി നാലിടിയിടിക്കുന്നത് ഉച്ചത്തിൽ അലറിയപ്പോ ഭാര്യ ചന്ദ്രനാണ് നിങ്ങൾക്ക് അലർന്നത് അലരുന്നതെന്ന് പറഞ്ഞ ഒരു കുട്ടി എന്റെ നെഞ്ചത്ത് കയറിയെന്ന് നെഞ്ചത്ത് കയറിയെല്ലാം നിങ്ങളുടെ കൈ എന്റെ മേരതട്ടിയതാണെന്ന് അപ്പൊ അങ്ങനെയൊക്കെ കംസൻ എന്നൊരു ഭീകര സ്വപ്നം ഒക്കെ കണ്ട് രാത്രിയിരുന്നു വേഗം ഇത് കേട്ടതും വാളെടുക്കുന്നു ഓടുന്നു കാരാഗ്രഹത്തിലെത്തുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നതൊരു പെൺകുഞ്ഞിനെ മാറോട് ചേർത്തിരിക്കുന്ന ദേവകീ ദേവിയാണ് കുട്ടിയെ കൊണ്ട് ബലാൽക്കാരേനെ നോക്കുമ്പോൾ ദേവി പറഞ്ഞു ഇതൊരു പെൺകുട്ടിയാണ് പെൺകുട്ടി നിന്നെ കൊല്ലും നല്ല അശരീരി വന്നിട്ടില്ലല്ലോ ഏഴ് കുട്ടികളെ ഈ കാരണം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ ഈ കുഞ്ഞിനെങ്കിൽ ഞാനൊന്ന് എടുത്തു വളർത്തിക്കോട്ടെ എന്താ കംസ ഇത്തിരി ഒക്കെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ആ കംസനൽപ്പം പോലും കാരുണ്യമോ ദൈവോ തോതാത സ്ത്രീ ദേവകിദേവിയുടെ കൈയെല്ലാം തട്ടിമാറ്റിയ കുട്ടിയെ വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ നിന്റെ മകന് ഭാര്യ തീരണ്ടവളല്ലേ ഇവള് ഇവളെ കൊല്ലുന്നത് പാപമല്ലേ പെണ്ണിനെ കൊല്ലാൻ പാടു ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ വിനയത്തിലും കരഞ്ഞുകൊണ്ടൊക്കെ കംസന്റെ മനസ്സിന് യാതൊരു മാറ്റവും വന്നില്ല എന്നാണ് വലിച്ചു ആ കാലുകൾ രണ്ടും ആ കുട്ടിയുടെ കാല് വലിച്ച് ആകാശത്തിലേക്ക് വീശിക്കൊണ്ട് നേരെ നിലത്ത് തറയിലടിച്ച് കരിങ്കൽ തറയിലടിച്ച് കൊല്ലാൻ നിശ്ചയിച്ചു ഒരേറ്റവും വീശലെ വീശിയണു കംസൻ നോക്കുമ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഇന്ന് കേൾക്കുന്ന ശബ്ദം അട്ടഹാസാണ് ഏറെ മുകളിലേക്ക് നോക്കിയപ്പോ നാവെല്ലാം പുറത്തു വീട്ടി എട്ട് ഭുജങ്ങളെയും കാണിച്ചുകൊണ്ട് അതിലെ കായിധങ്ങൾ എഴുതിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ ദേവിയുടെ രൂപമാണ് കംശൻ പോലും കൈകൂപ്പി മേലോട്ട് നോക്കിയപ്പോൾ പറയാണ് ഏ വിവേകമില്ലാത്ത മന്ദ എന്നെ കൊന്നിട്ട് എന്താ നിനക്ക് കിട്ടാനുള്ളത് പാവം കുട്ടികളെ കൊന്നിട്ട് എന്താ നിനക്ക് കിട്ടാനുള്ളത് നിന്നെ കൊല്ലാനുള്ളവൻ നേരത്തെ വന്നിട്ടുണ്ട് പേടിക്കേണ്ട അല്ലെങ്കിൽ അയാൾക്ക് ആകെ അസ്വസ്ഥമാണ് അയാൾ അതും കൂടി പറഞ്ഞപ്പോ കംസനാകെ വിഷമായി അപ്പോ ഇത്രയും കാലം ദേവന്മാരൊക്കെ പറഞ്ഞതോ പാവം ഈ ദേവകി ദേവിയുടെ കുട്ടി എട്ടാമത്തെ കുട്ടി എന്നെ കൊല്ലും പറഞ്ഞതോ ആ സമയത്ത് ദേവി മറിഞ്ഞു ചെയ്തു വേഗം കാരാഗ്രഹത്തിൽ ചെന്ന് അവരുടെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി നിങ്ങളുടെ പുത്രനാണ് എന്നെ കൊല്ലും എന്നുള്ളത് ആ ദേവന്മാര് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ കൊന്നതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് മാപ്പു തരണം ഞാൻ നരകത്തിലൊക്കെ പോയി ഞാൻ വീണേക്കാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോ വസുദേവര് പറഞ്ഞു കംസ ദ്രോഹം ചെയ്തിട്ട് കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഞങ്ങൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു എന്നെ ദ്രോഹ ചിന്തകൾ കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ജയിലിൽ നിന്ന് മുക്തമാക്കി എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസമരിപ്പിക്കുകയാണ് അന്ന് രാത്രി കംസൻ മന്ത്രിമാരോട് ഈ അചരീരിയെക്കുറിച്ച് പറഞ്ഞതും അവര് കംസനോട് പറഞ്ഞു എങ്കിൽ നമുക്കൊരു പുതിയൊരു കാര്യം ചെയ്യാം നിന്നെ കൊല്ലാനുള്ള കുട്ടി ഒരു കൊല്ലത്തിൻ്റെ പത്ത് ദിവസത്തിനുള്ളിലാവില്ല അപ്പൊ ജനിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ചോരക്കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് കൊന്നേക്കുക അപ്പൊ കുട്ടികളില്ലാത്തൊരു മധുരയിൽ നിനക്ക് സുരക്ഷിതനായിട്ടിരിക്കാൻ പറ്റുന്നു ആ മന്ത്രിമാരിൽ ഒരു തന്റെ പൂതന പറഞ്ഞു ഞാൻ തന്നെ തുടങ്ങിക്കോളാം പണിയെന്ന് അങ്ങനെ പൂതന ദൗത്യേറ്റെടുത്തു ഇവിടെയാണെങ്കിലോ എവിടെ ഗോകുലത്തിലാണെങ്കിലോ പുലർച്ചയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് നോക്കുമ്പോൾ ദേവി കാണുന്നത് ഒരിക്കലും പ്രസവിക്കില്ല എന്ന് വൈദ്യന്മാരൊക്കെ പറഞ്ഞ യശോദാദേവി കാണുന്നത് കാർമ്മിക വർണ്ണത്തിൽ നല്ല കറുത്തി രണ്ടിട്ടൊരു കുട്ടി എന്റെ അടുത്തു കിടക്കുന്നതാണ് വാരിക്കോരു കുട്ടി ഹൃദയത്തോടുകൂടി ചേർത്ത് വെച്ചു സന്തോഷം കൊണ്ട് മറന്നുപോയി ആ ദേവി ആദ്യം തന്നെ രേണുകാദേവി പ്രസവിച്ചപ്പോ രോഹിണി ദേവി പ്രസവിച്ചപ്പോ തന്നെ സന്തോഷമായിരുന്നു ആ കുലത്തിലൊരു കുട്ടി വന്നല്ലോന്ന് അന്ന് ബലരാമസ്വാമി അവിടെ അവതരിച്ചിട്ട് അധികം നാളായിട്ടില്ല ഇപ്പോഴിതാ ഭഗവാൻ തന്നെയാണ് അവതരിച്ചതൊന്നും ആ ദേവിക്ക് മനസ്സിലായില്ല താനൊരു പുത്രനാൽ ഭാഗ്യം ഭാഗ്യവതിയിരിക്കുന്നു എന്നേ അവർ കരുതിയുള്ളൂ ഏതായാലും നന്ദഗോപര് ഗോക്കന്മാർ ഗോപന്മാരുടെയൊക്കെ രാജാവായതുകൊണ്ട് അവരെല്ലാവരും ആ ഉത്സവം ആഘോഷിക്കാൻ നിശ്ചയിച്ചു എല്ലാവരും പാലും കൊണ്ട് അങ്ങോട്ട് വരുന്നു കിട്ടിയവർ കിട്ടിയവർ പാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എറിയണോ നന്ദഗോപരാണെങ്കിൽ പശുക്കളെ ദാനം ചെയ്യണോ ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കാൻ നിശ്ചയിക്കണോ അങ്ങനെ പലതും ദാനം ചെയ്തിട്ടും ആ ഗ്രാമം മുഴുവൻ നന്ദഗോപുരുടെ ഗൃഹത്തിൽ ഉണ്ണിയുടെ ആഘോഷത്തിൽ അങ്ങോട്ട് മതി മറന്നു വീട്ടിൽ നിന്നൊക്കെ ഗോപികമാര് ഈ കുഞ്ഞിനെ കാണാൻ വന്നതും ആ ഉണ്ണിയെ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി പിന്നെ പോകാൻ പറ്റുന്നില്ല ഇവിടെ ഭർത്താക്കന്മാര് കാത്തിരിക്കുകയാണ് വരും തിരിച്ചു വരും പലഹാരം ഉണ്ടാക്കിത്തരും ഭക്ഷണം ഉണ്ടാക്കിത്തരും പശുവിനെ നോക്കുന്നൊക്കെ ഒരെണ്ണം വരുന്നില്ല കുറെ കഴിഞ്ഞ് അവര് വന്ന് നോക്കുമ്പോ കാണോക്കാ അവിടെ ഇരിക്കുകയാണ് കൃഷ്ണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ നിങ്ങൾ വരാത്തെന്ന് അപ്പൊ ഇവർ പറഞ്ഞു ഒന്ന് നോക്കൂ അവരും നോക്കിയിട്ട് അവർക്കും പോകാണ്ടോന്നില്ല എല്ലാവരും ആ ഗോകുലത്തിൽ കുരുങ്ങിപ്പോയി നിരെയാണ് ആ ഭഗവാനിലേക്ക് ആകർഷിതരായിട്ട് നിശ്ചലരെ കൽത്തൂണുകൾ പോലെങ്ങനെ നിന്ന് നോക്കണു അപ്പോഴേക്കും നന്ദഗോപരിക്ക് പേടിയെ കണ്ണു പറ്റൂ വേഗൊരു ചരടൊക്കെ എടുത്ത് ജപിച്ച് കിട്ടി അതാണല്ലോ നമ്മുടെ വിശ്വാസം ആ സന്തോഷത്തിലിങ്ങനെ മതി മറന്നിരിക്കുമ്പോഴാണ് കംസന്റെ ദൂതന്മാർ അറിയിക്കുന്നത് എല്ലാ വർഷവും കെട്ടേണ്ട കരം കൊടുക്കാൻ അങ്ങയോട് പറഞ്ഞിരിക്കണമെന്ന് അന്ന് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ വാറ്റിന്റെ പരിപാടിയൊന്നുമില്ല രണ്ടർത്ഥമുണ്ട് വാറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോ അന്ന് വാറ്റൊന്നുമില്ല അന്നൊക്കെ ഈ പാല് വെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കലാണ് ടാക്സ് കംസൻ കംസൻ അതൊക്കെ കൊടുക്കാൻ വേണ്ടി അതെല്ലാം വണ്ടിയിൽ വെച്ചുകൊണ്ട് നന്ദഗോപുര പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ണികൾക്കൊരു അപകടം ഉണ്ടാവരുത് ഈശ്വര നോക്കിക്കൊള്ളണേ പരദേവതകളെ ജഗതീശ്വര ഈ ഉണ്ണികളെയൊക്കെ സുരക്ഷിതരാക്കണേ എന്നൊക്കെ പറഞ്ഞ് വേണ്ടപ്പെട്ട നന്ദൻ ഗോപൻ ഗോപന്മാരെയൊക്കെ നന്ദഗോപുര ഏർപ്പാടാക്കിക്കൊണ്ട് അദ്ദേഹം കംസന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു വസുദേവരെ കാണാൻ സാധിച്ചാൽ ഒന്ന് ആശ്വസിപ്പിക്കണം പാവം ഏത് കുട്ടികളെ ആ കംസൻ കാരണം നഷ്ടപ്പെട്ടു എട്ടാമത്തെ കുട്ടി ആകാശത്തിലേക്ക് പാറിപ്പോവുകയും ചെയ്തു അത് തന്റെ ഭാര്യ പ്രസവിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല ഏതായാലും അങ്ങനെയൊക്കെ കൺസന്റെ അടുത്തേക്ക് വസ നന്ദഗോപുരി പോകുന്നു ഇവിടെയാണെങ്കിലോ ആദ്യം തന്നെ പൂതന ഭഗവാനെ കൊല്ലാനുള്ള ദൗത്യവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു പല വീടുകളിൽ ചെന്ന് പല കുട്ടികളെയും അവർ കൊന്നുകാണും അവസാനം ഗോകുലത്തിലെത്തിച്ചേർന്നപ്പോ എല്ലാവരും ഒരു വീട്ടിലേക്ക് ഇങ്ങനെ പോണു എന്നാൽ ഇവിടെ സ്പെഷ്യൽ കേസുകൾ വല്ല ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അറിഞ്ഞു അവിടെ ഒരു ഉണ്ണി ജനിച്ചിട്ടുണ്ട് അത് വളരെ ഓമനത്തുള്ള ഉണ്ണിയാണ് നല്ല കോമളനായ ഉണ്ണിയാണ് എന്നാ വിചാരിച്ചാൽ അതിനെ തന്നെ ആവട്ടെ ആദ്യം തട്ടൽ ഒരു നിമിഷം കൊണ്ട് തൻ്റെ വേഷമൊക്കെ അങ്ങോട്ട് മാറ്റി മൊലയിൽ ഘോരമായ വിഷമൊക്കെ പുരട്ടിക്കൊണ്ട് അവൾ വസ്ത്രമൊക്കെ അങ്ങോട്ട് മാറ്റി അവളുടെ സങ്കല്പം കൊണ്ട് വസ്ത്രം നല്ല കാഞ്ചീപുരമൊക്കെ ധരിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വളരെ മനോഹരിയെപ്പോലെ അവളിങ്ങനെ ഒരു ബ്യൂട്ടീഷ്യനെ പോലെയൊക്കെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു ആളുകളൊക്കെ വഴിമാറിക്കൊടുത്തു ഇന്നും നിങ്ങൾ വൃന്ദാവനത്തിലും ഗോകുലത്തിലൊക്കെ പോയാൽ ആകെ ഡ്രസ്സേ വേണ്ടു ശരീരം മുഴുവൻ പുതയ്ക്കാൻ അവർക്ക് നമ്മളെപ്പോലെ ഈ ശരീരത്തിൻ്റെ ബോധങ്ങളൊന്നും ഇല്ലാവില്ല അങ്ങനെ അവിടേക്ക് ചെല്ലുണൂ അവർ വിചാരിച്ചിപ്പോൾ ഏതോ രാജകൊട്ടാരത്തിലെ രാജകുമാരിയാണെന്നൊക്കെ വിചാരിച്ച് വഴിമാറിയൊക്കെ കൊടുത്തു അവളതാ നേരെ നന്ദഗോപുര ഗൃഹത്തിലേക്ക് കയറി ആ തൊട്ടിൽ കിടക്കുന്ന ഉണ്ണിയും നോക്കിയപ്പോൾ ഒരു നിമിഷം നോക്കിപ്പോയി ഇത്രയൊക്കെ കോമളത്തുണ്ട് ഈ ഉണ്ണിക്ക് കേവനാണല്ലോ ഈ കുട്ടിന്ന് ഏതായാലും ആ മടിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് ആ മുല അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അവളുടെ മുലകളൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുടിക്കുകയാണ് ഭഗവാൻ അറിയാമായിരുന്നത് ഘോരമായ വിഷമാണെന്നുള്ളത് അതുകൊണ്ട് കൈകൊണ്ടാക്കുന്ന തുടച്ചു മാറ്റിക്കൊണ്ട് ഭഗവാൻ കുടിക്കാൻ തുടങ്ങി ഏതായാലും മാതൃഭാവത്തിലല്ലേ അവൾ വന്നിരിക്കുന്നത് തന്നോട് മാതൃഭാവം ചൊരിഞ്ഞിട്ടല്ലേ ഒരു കുഞ്ഞിൻ്റെ ഭാവത്തിൽ തന്നെ ഭഗവാൻ നിന്നുകൊണ്ട് അവളുടെ മുലപ്പാൽ ഇങ്ങനെ ഇല്ലാത്ത മുലപ്പാൽ കുടിക്കുന്നത് അഭിനയിച്ച് അവളുടെ പ്രാണനിലേക്ക് ഭഗവാൻ കടന്നു പ്രാണനെ പിടിച്ചതും അവൾക്ക് ദേഹം മുഴുവൻ വേദന വന്നു സഞ്ചാരം വന്നു മരണഭയം വന്നു അവൾ ആ ഉണ്ണിയെടുത്തുകൊണ്ട് പിടിച്ചു പറിച്ചുകൊണ്ട് എറിയാൻ നിൽക്കുകയാണ് ഒച്ചത്തിൽ അലറിക്കൊണ്ട് വിടൂ എന്നെ വിടൂ എന്നെ വിടൂ എന്നൊക്കെ അലരാൻ തുടങ്ങി പക്ഷേ ഭഗവാനൊരു നിയമമുണ്ട് ആരെന്നെ ഒരിക്കൽ പിടിച്ചുവോ പിന്നെ ഞാൻ അവർ ഒരിക്കലും വിടില്ല എന്നുള്ളത് ഭഗവാൻ വിട്ടില്ല അവളുടെ ദ്രംഷ്ടകളൊക്കെ പുറത്തു കാണാൻ തുടങ്ങി അവളുടെ ആ ആസുരിക ഭാവമൊക്കെ പ്രകടമാവാൻ തുടങ്ങി ഒരു ഭീമാകാരമായ രൂപമായി തീർന്ന് ഭഗവാൻ എപ്പോഴും വിട്ടില്ലേ അവളുടെ മുളകളൊക്കെ ശക്തിയിൽ പിടിച്ചു വെച്ച് ഭഗവാൻ അങ്ങനെ അവൾ മറന്നു വീണു എന്നാണ് അതോടുകൂടിയിട്ട് അവൾ പ്രാണനറ്റ് ഒരു ആസുരിക ഭാവത്തിലേക്ക് നിന്നപ്പോ ഭഗവാൻ ഒന്നും സംഭവിക്കാതെ അവളുടെ ശരീരത്തിൽ ഇങ്ങനെ കളിക്കുകയാണ് യശോദാദേവിയും രോഹിണി ദേവിയൊക്കെ തലയിറങ്ങി വീണ് പോയിട്ട് ആ ഒരു പെണ്ണ് ഇത്രയും ഭീമാകാരമായ ഒരു വലിയ മല വീണതുപോലെ കിടക്കുന്നുണ്ട് അവളോ ഇതോ എന്താ ഈശ്വരം അങ്ങനെയൊക്കെ എന്ന് അപ്പോഴേക്കും ഗോപികമാരെ കോടി വന്ന ആ കൃഷ്ണനെയൊക്കെ പിടിച്ച് നേരെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കുറച്ച് ഗോമൂത്രമൊക്കെ കുടിപ്പിച്ചു ആ വിഷക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് കുട്ടിയുടെ വായിൽ നിന്ന് വായിൽ കയറിയിരിക്കണമെന്ന് അറിയില്ലല്ലോ പിന്നെ പശുവിൻ്റെ വാല് കൊണ്ട് രണ്ടടിയൊക്കെ വെച്ചു കൊടുത്ത് വേഗം യശോദാദേവിയെ ഉണർത്തിയിട്ട് മുലപ്പാൽ കുടിപ്പിച്ചപ്പോഴാണ് യശോദാദേവിക്ക് മനസ്സിലായത് ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഭഗവാൻ ആദ്യം തന്നെ പൂതനയെ വധിക്കുന്നു എന്ന് പറയാണ് ഈ ഭാഗത്തിനെ ഭാഗവതം വിളിക്കുന്നത് പൂതനാ മോക്ഷം എന്നാണ് പൂതനാവധം എന്നല്ല വിളിച്ചിരിക്കുന്നത് പൂതനാ മോക്ഷം എന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥകളൊക്കെ വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വളരെ സൂക്ഷ്മമായ ആധ്യാത്മിക തത്വമാണ് ആചാര്യന്മാർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ളത് പൂതം എന്ന ശബ്ദം ഭഗവാന്റെ പേരാണ് ഭഗവാനെ പൂതാത്മാ എന്ന് വിളിക്കും പൂതം എന്നാൽ ഭഗവാനാണ് പൂതനാ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മറന്ന് ജീവിക്കുന്നവരെയാണ് പൂതന എന്ന് പറയുന്നത് അപ്പൊ ഞാനും നിങ്ങളൊക്കെയാണ് ആര് മിസ്റ്റർ പൂതനയും മിസിസ് പൂതനെ കീഴിൽ നടക്കുന്നത് പറയുകയാണ് അല്ലാതെ ഒരു അസുരിക സംസ്കാരമുള്ള ഒരു പെണ്ണിനെയൊന്നല്ല അവിടെ പൂതന പറയുന്നത് അതുകൊണ്ട് ഭാഗവതം വിളിച്ചത് കാമചാരിണി എന്നാണ് കാമചാരിണിയാണ് അവള് അതായത് കാമത്തിൽ ചാരിയവളാരോ അവൾ കാമചാരിണി ചില തൂണി ചാരിയ്ക്കും ചിലര് ചേര ചാരിയിരിക്കും ചിലര് പലതും പലതും ചാരിയിരിക്കും ചവരചാരിയും ഇവിടെ കാമത്തിൽ ചാരിയവരെയാണ് കാമചാര്യൻ ഇന്നും സംസ്കൃതത്തിന് സമ്മതല്ലേ സംസ്കൃതം വേറെ അർത്ഥത്തിലാണ് കാമത്തിൽ ചരിക്കുന്നവരാരോ അവരാണ് കാമചാരികൾ എന്ന് സംസ്കൃതത്തിൽ പറയാം നമ്മളിലൊക്കെ രണ്ട് വികാരങ്ങളുണ്ടെന്നാണ് പ്രബലമായിട്ട് ഒന്ന് കാമവും രണ്ട് പ്രേമവും ഇത് നമ്മളിലൊക്കെ ഉള്ളതാണ് കാമം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖത്തിലും സുരക്ഷിതത്തിലും ഏതൊക്കെ വസ്തുക്കളും വ്യക്തികളും നമ്മളെ സഹായിക്കുന്നുണ്ടോ അതിനോടൊക്കെയുള്ള ഒരു ആസക്തിയാണ് അറ്റാച്ച്മെന്റാണ് കാമം ശരീരത്തിന് സുഖം തരും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു വ്യക്തി സുഖം തരുന്നു തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയോടൊരു കാമം തോന്നും ഒരു കാമുകന് കാമുകിയോട് തോന്നുന്നത് ശരീരത്തിന്റെ സുഖമാണ് ഒരു ലൈംഗികമായ ആസക്തിയാണത് അതുപോലെ ഒരു വസ്തുവിനോട് നമുക്ക് കാമം തോന്നുന്നത് ഈ വസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സുഖം തോന്നും എന്ന് സുഖം കിട്ടുന്നുള്ള തോതലാണ് വസ്ത്രത്തോടുണ്ടാവും നമുക്ക് കാമം ആഭരണങ്ങളോടുണ്ടാവും നമുക്ക് കാമം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോടുണ്ടാവും നമുക്ക് കാമം അതൊക്കെ ആസക്തികളാണെന്ന് പറയുന്നത് അതേസമയം നമ്മുടെ ഉള്ളിൽ പ്രേമവുമുണ്ട് ആരോടാണ് പ്രേമം ിരിക്കുന്ന നമ്മളിലെ തന്നെ ഈശ്വര ചൈതന്യത്തിലേക്ക് നമുക്കൊരു പ്രേമമുണ്ട് പക്ഷെ അത് നമുക്കറിയാത്തതുകൊണ്ട് അത് നമുക്ക് തോന്നുന്നു നമ്മളോടുള്ള ഈ ശരീരത്തോടുള്ള പ്രേമമാണെന്ന് അതുകൊണ്ട് ആരൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ചാലും സുഖിപ്പിച്ചാലും ആ വസ്തുക്കളും വ്യക്തികളും എപ്പോ നമുക്ക് ദുഃഖം തരുന്നുവോ അപ്പോൾ നമ്മൾ അവരെ വെറുത്തിരിക്കും അവരെ നമ്മൾ മറക്കാൻ തയ്യാറാവും പക്ഷേ അപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മളെ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ പാപം ചെയ്താലും വെറുക്കാറില്ല അപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നാൽ മറ്റൊരാളെ നമ്മുടെ നേരെ തെറ്റ് ചെയ്താൽ അവരെ നമ്മൾ വെറുക്കുന്നു പ്രിയാണ് കാമത്തിലെപ്പോഴും വിദ്വേഷമുണ്ട് കാമത്തിലെപ്പോഴും വെറുപ്പുണ്ട് എന്നാൽ നമ്മളിലുള്ള നമ്മുടെ സ്നേഹത്തിലൊരിക്കലും വിദ്വേഷമില്ല പ്രിയാണ് ഇൻസ്പൈറ്റ് ഓഫ് എവ്രിഥിങ് നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ശരിയല്ലേ നമ്മളെന്ത് തെറ്റ് ചെയ്താലും ആരെയൊക്കെ ചീത്ത പറഞ്ഞാലും നമ്മൾ നമ്മളെ വെറുക്കാറുണ്ടോ ഇല്ല നമ്മളെന്ത് തെറ്റ് ചെയ്യുമ്പോഴും മനസ്സപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് വെറുപ്പുകൊണ്ടല്ല വാസ്തവത്തിൽ സ്നേഹം കൊണ്ട് തന്നെയാണ് അയ്യോ സ്നേഹം ഉണ്ടെങ്കിൽ അവർ അവരോടുള്ള സ്നേഹമാണ് വാസ്തവത്തിൽ അവരെ ആത്മഹത്യ പ്രേരിപ്പിക്കുന്നത് അതെങ്ങനെ അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആരും ഇനിയും വെറുക്കാതിരിക്കാൻ തന്നെ ആരും ഇനിയും ഉപേക്ഷിക്കാതിരിക്കാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന തന്നോടുള്ള സ്നേഹമാണ് അയാളുടെ ജീവിതം അയാളെ അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരിയാണോ പറയുന്നത് ഇനിയും തന്നെ ആരും വെറുക്കാതിരിക്കാൻ ഇനിയും ആരും തന്നെ അപമാനിക്കാതിരിക്കാൻ കളിയാക്കാതിരിക്കാൻ നിന്നിക്കാതിരിക്കാൻ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ തന്നോടുള്ള തന്റെ സ്നേഹം കൊണ്ടാണ് തൻ്റെ ജീവിതം ഉപസംഹരിപ്പിക്കാനാൾ നിശ്ചയിക്കുന്നത് ശരിയാണോ നമുക്ക് സ്ഥൂലമായി തോന്നുന്ന അയാൾക്ക് അയാളോടുള്ള വെറുപ്പ് കൊണ്ടാണ് വാസ്തവത്തിൽ അയാളുടെ സ്നേഹം കൊണ്ടാണ് അയാൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പറയുകയാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മൾ ആരെയാണ് വാസ്തവത്തിൽ സ്നേഹിക്കുന്നത് ശരീരത്തെയാണോ അതോ ശരീരത്തെ ശരീരമാക്കി നിലനിർത്തുന്ന ഒരു ഈശ്വര ചൈതന്യത്തെയാണോ എന്ന് ഇത് നാം തിരിച്ചറിയുന്നു ആ ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മുടെ സ്നേഹത്തെ തിരിച്ചുവിടുമ്പോ അതിനെയാണ് പ്രേമം എന്ന് വിളിക്കുന്നത് അപ്പൊ പ്രേമിക്കേണ്ടത് ഭഗവാനെയാണ് ഈ ലോകത്തോടോ ലോകത്തോടോ നമ്മുടെ ഉള്ളിൽ കാമം വരും കാമം വന്നേ കാരണം കാമത്തിലൂടെയാണ് ഞാനും നിങ്ങളും പ്രകടമായത് കാമില്ലായിരുന്നു ഒരു സൃഷ്ടി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അതതിൻ്റെ സ്വഭാവമാണ് അപ്പൊ കാമം എന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണെങ്കിൽ പ്രേമം എന്നത് വിവേകബുദ്ധിയുടെ സ്വഭാവമാണ് വിവേകത്തിലൂടെ മാത്രമേ പ്രേമിക്കാൻ സാധിക്കുകയുള്ളൂ കാമിക്കാൻ വിവേകം വേണ്ട എന്ന് പറയാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീരുന്നത് നാം നമ്മെ നാമാക്കി തീർക്കുന്ന ഈശ്വരനെ പ്രേമിക്കാത്തതുകൊണ്ടാണ് പൂതനയുടെ ഉള്ളിലുള്ളത് കാമമാണ് കാമം നമ്മളെ ഈശ്വരിൽ നിന്ന് അകറ്റും പ്രേമം നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും അതുകൊണ്ട് ഭഗവാൻ ഗീതയിലെ ഏഴാം അധ്യായത്തിൽ പറഞ്ഞു മയ്യാസക്തമനപ്പാർത്ത വാർത്ത എന്നിൽ ആസക്തനായി തീരു കൃഷ്ണൻ എന്ന പദത്തിന് പ്രേമം എന്നാണ് നിർത്തം ഞാൻ പറഞ്ഞു ആ തലത്തിൽ വേണം നമ്മൾ കഥകളൊക്കെ വ്യാഖ്യാനിക്കാൻ അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പറയാം ഏതായാലും ഇതിനുശേഷം പിന്നീട് അപ്പോഴേക്ക് നന്ദഗോപര് വസുദേവരെയൊക്കെ കാണുന്നു വസുദേവരെ ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വസുദേവർ ഇങ്ങോട്ട് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു നന്ദഗോപരെ അധികം ഇവിടെ നിൽക്കണ്ട ഓരോ അപകടങ്ങൾ കാണുന്നുണ്ട് ദുഃഖങ്ങളും ദുരന്തങ്ങളൊക്കെ വരാൻ ഓരോ ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നുണ്ട് കംസൻ കുട്ടികളെയൊക്കെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അങ്ങ് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ആ നന്ദഗോപുര പ്രാർത്ഥിക്കുക എന്ന ഉണ്ണികൾക്ക് യാതൊരു അപകടവും ഉണ്ടാവരുതേന്ന് നന്ദഗോപുര തിരിച്ചെത്തുമ്പോഴേക്കും കാണുന്നു ഭീമാകാരമായ സ്ത്രീയുടെ രൂപം പിന്നെ ആ രൂപത്തെയൊക്കെ വെട്ടിമുറിച്ച് ദഹിപ്പിച്ച് അങ്ങനെ പൂതനയെ അവര് പറഞ്ഞയച്ചു അങ്ങനെ ആദ്യത്തെ ലീല വധിച്ച ലീലയാണ് ഭഗവാൻ അതൊരു വെറും ലീലയായി തോന്നിയെന്നാണ് ഇനി രണ്ടാമത്തതാണ് ഭഗവാൻ ഭഗവാന്റെ പിറന്നാൾ ദിവസം വന്ന ദിവസം ആ ദിവസം മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഭഗവാൻ കമിഴ്ന്ന് കടന്ന ഭഗവാൻ മലർന്നു കടന്ന ഭഗവാൻ കമിഴ്ന്ന് കടക്കാൻ തുടങ്ങിയിരുന്നു അത് ഗോകുലത്തിലൊരു ഉത്സവം പോലെ അവർ കൊണ്ടാടി അന്ന് ഭഗവാൻ വെല്ലുവിളിയുമായി മറ്റൊരസുരൻ വരുന്നു അവനാണ് ശകടാസുരൻ അത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം